തുടർന്ന് അടുത്ത ചരിതമാണ് വൃത്രാസുര ചരിതം ഭാഗവതത്തിലെ അതിസുന്ദരമായൊരു ഭാഗമാണ് ഈ ഭാഗം ഒരിക്കല് ഇന്ദ്രൻ സർവ ഐശ്വര്യങ്ങളും വന്നപ്പോ എല്ലാ സുഖഭോഗങ്ങളും കൂടിയപ്പോ തന്റെ ഗുരുവിനെ നിന്ദിക്കാൻ ഇടവന്നാണ് അതായത് മനുഷ്യന്റെ ഒരു മനോഭാവം എങ്ങനെയാണ് എപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നു പണമുണ്ട് ആരോഗ്യമുണ്ട് ബന്ധുക്കളെല്ലാം സ്നേഹിക്കുന്നുണ്ട് എല്ലാം പോസിറ്റീവായാൽ അപ്പോ ഈശ്വരനെ നമ്മൾ മറന്നു പോവും അപ്പൊ ഇത്തിരി അഹങ്കാരം നമുക്കിങ്ങനെ പൊങ്ങി വരും അതായത് ഈ സുഖൊക്കെ എനിക്കിങ്ങനെ എനിക്ക് എന്റെ കേമത്വം കൊണ്ട് കിട്ടിയതാണെന്ന് ഇങ്ങനെ മനസ്സിന് തോന്നും ആ സമയത്ത് നമ്മൾ ഈശ്വരനെ മറക്കുമ്പോൾ അപ്പോ കിട്ടും ഒരു അടീ പറയാണ് അതേത് നമുക്ക് അറിയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു വിഷമം എവിടെങ്കിലും ഉണ്ടായിരിക്കും അപ്പോ ഇങ്ങനെ ഇന്ദ്രനും ഇതുപോലൊരു സന്ദർഭം വന്നു എല്ലാ ഐശ്വര്യങ്ങളും കൂടെ കൂടിയപ്പോ പാട്ടും കൂത്തും ഡാൻസും അവിടെയാണെന്നു വച്ചാൽ പല ചാനലും കിട്ടും നമുക്ക് ഏഷ്യാനെറ്റും കൈരളിയൊക്കെ കിട്ടുമെങ്കിൽ അവിടെ ഉറുവശി ചാനലുണ്ട് രംബ ചാനലുണ്ട് തിലോത്തമ ചാനലുണ്ട് തിലോമിന ചാനലുണ്ട് എല്ലാ ചാനലും ഉണ്ട് ഇന്ദ്രൻ ഇതിലൊക്കെ കുരുങ്ങിപ്പോയി പറയാണ് അതൊക്കെ കണ്ട് പാട്ടും നൃത്തത്തിലൊക്കെ ലയിച്ച് ഒരു ദിവസം സഭയിലേക്ക് ഗുരു കയറി വരുമ്പോൾ വേണ്ട രീതിയിൽ ആദരിച്ചില്ല ആ ഗുരുവിന്റെ മനസ്സിലായി ഇനി ഈ സഭയിൽ നിൽക്കരുതെന്ന് ഇറങ്ങിപ്പറപ്പെട്ടു ഗുരു ഇറങ്ങിയപ്പോഴാണ് ഇയാൾക്ക് വിവേകം വന്നത് എന്താ വിവേകം അയ്യോ ഗുരു പോയാ പിന്നെ അസുരന്മാരെ അക്രമിക്കില്ലേ നമ്മുടെ ശക്തിയൊക്കെ പോവില്ലേ ഗുരുവേണല്ലോ പിടിച്ചു നിൽക്കാമെന്ന് ആ വിവേകം കുറച്ചു കഴിഞ്ഞിട്ടാണ്ടായത് ചിലർക്ക് അങ്ങനെയാണ് പിൻബുദ്ധിയാണ് ആദ്യം വരില്ല എന്നാണ് അങ്ങനെ ആ ബുദ്ധി വന്നതും ഓടി ഗുരുവിന്റെ പിന്നാലെ അപ്പോഴേക്കും ഗുരു എത്തേണ്ടടുത്തെത്തിയിട്ടുണ്ട് ഗുരുവിനെ കാണുന്നില്ല കരഞ്ഞു പിഴിഞ്ഞ് ഗുരുവിന്റെ വീട്ടിൽ ചെന്നു വാതിലൊക്കെ മുട്ടി ഗുരുവിൻ്റെ ഭാര്യ വാതിലൊക്കെ തുറന്നുമ്പോൾ ചോദിച്ചു എന്താ ഇന്ദ്ര ഈ വഴിക്കൊന്നും നീ വരാറില്ലല്ലോ ഞങ്ങളിന്ന് നിന്ന് നിനക്ക് മൈൻഡ് ചെയ്യില്ലല്ലോ നി എന്ത് പറ്റി നീ ഈ അല്ല ഗുരുനാഥൻ എവിടെ പോയിന്ന് അല്ല നിന്റെ സഭയിലേക്കല്ലേ വന്നത് അവിടെ വന്നു പക്ഷേ ഞാൻ ഇത്തിരി കുരുത്തക്കീട് കാണിക്ക വഴി അദ്ദേഹം ഇറങ്ങിപ്പോയിന്ന് ഉടനെ ഭാര്യ ഒരു ശാസനം കൊടുത്തു എൻ്റെ ഭർത്താവെങ്ങാനും നീ കാരണം വന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ശബിച്ച ഒരു വഴിക്കാക്കുന്ന ഇന്ദ്രൻ ആ പേടിയും കൂടി അവസാനം ബ്രഹ്മാവിൻ്റെ അടുത്ത് ബ്രഹ്മാവിന്റെ അടുത്ത് ഇന്ദ്രൻ ചെന്നാൽ അപ്പൊ ബ്രഹ്മാവിനറിയാം എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തിട്ടേ ബ്രഹ്മാവ് വരുള്ളൂ എന്ന് മനസ്സിലായില്ലേ ചിലരൊക്കെ അമ്പലത്തിൽ ചെല്ലുമ്പോ ഭഗവാൻ അപ്പറേ അറിയാം ഇയാൾ എന്തോ കുരുത്തക്കേട് ചെയ്തിട്ടാണ് വധിക്കുന്നത് ചിലർ അപ്പോഴേ പോവുള്ളൂ അമ്പലത്തിലേതാണ് ഇതുപോലെ ബ്രഹ്മാവിന് മനസ്സിലായി ചോദിച്ചു എന്താ ഇന്ദ്ര നീ കുരുത്തക്കേട് ചെയ്തത് ഒന്നും പറയേണ്ട ആ ഗുരുവിനെ നിന്ദിച്ച് അയാൾ ഇറങ്ങിപ്പോയി ഇപ്പൊ ഗുരു ഇല്ലേണ്ട ആ ശുക്രാചാര്യ പടയൊരുക്കം തുടങ്ങിയിട്ട് എപ്പോഴാ എന്റെ അധികാരം പോകുക എന്ന് അറിയില്ല അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണെന്ന് ഉടനെ പറഞ്ഞു ഇതിനൊരൊറ്റ വഴിയുള്ളൂ വിശ്വരൂപൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അയാളെ പിടിച്ചു കൊണ്ടുവരണം അയാളെ ഗുരുവായിട്ട് പോസ്റ്റ് ചെയ്തോളൂ ഉടനെ ഇന്ദ്രൻ തുടങ്ങി അന്വേഷണങ്ങളൊക്കെ വിശ്വരൂപന്റെ വീട്ടിലെത്തി പിടിച്ചു കൊണ്ടുവന്നു ഗുരുവായിട്ട് വിശ്വരൂപൻ അപ്പോഴേ പറഞ്ഞു ഡേ എന്നെ ഗുരു എന്നാക്കി വെക്കേണ്ട ശിഷ്യനാക്കി വെച്ചാൽ മതി എന്ന് ഏ പറ്റില്ല പറ്റില്ല അവിടുന്ന് ഗുരു ആവണമെന്ന് അവിടുന്ന് ഗുരുവായി അവസാനം ഇന്ദ്രന് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു ഭയത്തിൽ നിന്ന് മുക്തനാവാൻ അതാണ് ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ എട്ടാമത്തെ അധ്യായത്തിലെ ാരായണ കവചം എന്ന് പറയുന്ന മന്ത്രം ഈ മന്ത്രം ആര് ജപിക്കുന്നോ അവർക്ക് കരയിലോ വെള്ളത്തിലോ ആകാശത്തിലോ ഭൂമിയിലോ ഒരിക്കലും ഭയമുണ്ടാവില്ലയാണ് അപ്പൊ ഇതൊക്കെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അതിങ്ങനെ ചൊല്ലാൻ പറ്റും ഭയം വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് സന്ധിക്കൊക്കെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ നാരായണ കവചം ചൊല്ലിയിരുന്നാൽ ടി വി കാണേണ്ടി മനസ്സിലായില്ലേ പേടി ഉണ്ടാവില്ല അവരിയാണ് പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവർ രണ്ട് വട്ടം ചൊല്ലണം കാരണം ഇവിടെ എവിടെ നോക്കിയാലും ഒരു ദിവസം തല കാണാനില്ലേ ഒരു ദിവസം കാല് കാണാനില്ല കൈ കാണാനില്ല ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് പറയുമ്പോൾ ഇവിടെ എല്ലാ ഗവൺമെന്റ് ഹൈ ഒഫീഷ്യൽസും ജീവിക്കുന്ന സ്ഥലമാണ് ഹൈക്കോടതിയിലെ സെന്റർ എന്നിട്ട് ഇത്രയൊക്കെ ജഡ്ജിമാരുണ്ടായിട്ട് ഇത്രയൊക്കെ പോലീസും പട്ടാളവും മിലിറ്ററിയും പോലും ഇതൊക്കെ ഉണ്ടായിട്ടും എന്നിട്ടും ആളുകളുടെ തല കാണില്ലേ പിന്നെ ഇവിടെയൊക്കെ തല കാണുക അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ രണ്ടും മൂന്നും വട്ട ദുരിതം ചൊല്ലിക്കോളൂ എട്ടാമത്തെ അധ്യായത്തിൽ ഭാഗവതം വീട്ടിലില്ലാത്തവരൊന്നു തന്നെ വാങ്ങിച്ചോളൂ എന്നിട്ടത് പഠിച്ചു വയ്ക്കും ഭാഗവതത്തിലെ ആറാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായമാണ് നാരായണ കവചം ആരൊക്കെ നമ്മളെ നോക്കിയിട്ടില്ലെങ്കിലും ഈ നാരായണ കവചം നമ്മുടെ നേരെ ഒരു കവചമായിട്ട് എന്നും രക്ഷിക്കാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ നാരായണ കവചമൊക്കെ പറഞ്ഞു കൊടുത്തു അത് പറയാൻ നല്ല രസകരമായിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയാതിരിക്കുകയാണ് അത് അത്രയും നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രൻ തൽക്കാലം ഭയത്തിൽ നിന്ന് മുക്തനായി ദിവസവും വിശ്വരൂപൻ ഹോമം ചെയ്യും അപ്പൊ അതിൽ മന്ത്രങ്ങൾ ചൊല്ലും ദേവന്മാരുടെ അഭിവൃദ്ധിക്ക് ഓം ഇന്ദ്രായ സ്വാഹ ഓം വരണായസ്വാ ഹോം ആദിത്യായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് മന്ത്രം ചൊല്ലും ഇടയ്ക്ക് ഇന്ദ്രൻ കേൾക്കാതെ ഒരു മന്ത്രം കൂടിച്ചല്ലോ ആ മന്ത്രമാണ് ഓം ശുക്രായ സ്വാഹാന അതായത് ഇന്ദ്രന്റെ ശത്രുവായ അസുരഗുരു നേരെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രന്റെ നെയ്യെടുത്തിട്ട് ഇന്ദ്രന്റെ ഹോമാഗ്നിയിൽ ഒഴിക്കണമെങ്കിൽ അവിശ്വരൂപൻ എത്ര തൊലിക്കെട്ടി നോക്കൂ ഇത് കേട്ടതും ഇന്ദ്രനെ സഹിച്ചില്ല എന്റെ നെയ്യെടുത്ത് എന്റെ ഹോമാഗ്നിയിൽ ഇവൻ ഒഴിക്കാം അത് മുന്നിൽ വെച്ച് എടുത്തു വാള് കൊടുത്തു ഒരു വെട്ട് പിന്നെ മറന്നുപോയി വ്യക്തി എപ്പോഴേക്കും അതാ വരുന്നു ഭീബത്സമായൊരു സത്വം ഒരു ഭൂതഭാവത്തിൽ തന്നെ പിടിക്കാൻ വരുന്നു അതാണ് ബ്രഹ്മഹത്യാ രൂപത്തിൽ വന്നത് പറയുകയാണ് അങ്ങനെ ബ്രഹ്മഹത്യാ സത്വം ഇന്ദ്രനെ പിടിക്കാൻ ഓടുന്നു ഇന്ദ്രൻ ഉണ്ടൊക്കെ തുടങ്ങി ആ ഇന്ദ്രന്റെ ഓട്ടമൊക്കെ വളരെ മനോഹരമായിട്ട് ഭാഗവതത്തിൽ പറയുന്നത് ഇത്ര സ്പീഡിൽ പി ടി ഉഷ പോലും ഓടിയിട്ടുണ്ടാവില്ല അത്ര വേഗത്തിൽ ഓടുന്നത് ഓടി ഓടി ഓടി അവസാനം ആരെങ്കിലൊന്നും മേടിക്കേണ്ട ഈ ബ്രഹ്മഹത്യാ ഭൂമിദേവി കൈനീട്ടിയിട്ട് പറഞ്ഞു ഇന്ദ്ര ഒരംശം ഞാൻ വാങ്ങിച്ചോളാണ് അങ്ങനെ ഇന്ദ്രൻ ഒരംശം ഭൂമിദേവിക്ക് കൊടുത്തതാണത്രേ ഭൂമിയിൽ കാണുന്ന മരുഭൂമികൾ എന്ന് പറയാൻ ഇന്ദ്രൻ ഒരു അനുഗ്രഹം കൊടുത്തു അതൊക്കെ സമനലമായി തീരട്ടേന്ന് രണ്ടാമത് വെള്ളം വാങ്ങിച്ചു ആ വെള്ളം വാങ്ങിച്ചതാണത്രേ പതയുന്നറിയായിട്ട് വന്നത് ഇന്ദ്രൻ അവർക്കൊരനുഗ്രഹം കൊടുത്തു അതൊക്കെ വീണ്ടും വെള്ളമായി തീരട്ടെന്ന് വീണ്ടും വൃക്ഷങ്ങൾ വാങ്ങിച്ചു അതാണ് പാലായിട്ടും കറയായിട്ടും ചെടികളിലൂടെ പ്രകടമാവുന്നതെന്ന് അവർക്കും ഒരനുഗ്രഹം കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ വൃക്ഷം മുറിക്കുന്ന സമയത്ത് വീണ്ടും അത് വിത്തില്ലാതെ പൊട്ടി എന്ന് അത് കഴിഞ്ഞ് വാങ്ങിച്ചു അതാണ് മെൻസസ് എന്ന് പറയുന്ന പ്രക്രിയയായിട്ട് അവരുടെ ശരീരത്തിലൂടെ പ്രകടമാവുന്നതെന്ന് ഒരു അനുഗ്രഹം കൊടുത്തു കാമം മനസ്സിലുണ്ടാവട്ടെ എങ്കിലേ പ്രത്യുൽപാദനത്തിലൂടെ സന്തതികൾ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ബ്രഹ്മഹത്യാ പാപം നാലായിട്ട് വിഭജിച്ച് അങ്ങനെ തൽക്കാലം ഇന്ദ്രൻ മുക്തനാകുന്നാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ശാസ്ത്രീയമായ തത്വങ്ങളും സത്യങ്ങളും ഉണ്ട് നമ്മൾ ഈ കഥ കേട്ടിട്ടിങ്ങനെ പോകരുത് പ്രിയാണ് എന്താണ് ഒരു ഭാഗം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ സമയത്ത് പിരീഡുള്ള സമയത്ത് പണ്ടുള്ളവർ മാറ്റി നിർത്തിയത് ഇതുകൊണ്ടാണ് ഈ പിരീഡുള്ള സമയത്ത് ശരീരത്തിൽ കൂടുതൽ വിഷാംശങ്ങൾ കൂടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത് അപ്പം തനിക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥതകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂർവികന്മാര് രണ്ടു മൂന്ന് ദിവസം മാറി നിൽക്കാൻ തൊടുന്ന സാധനങ്ങളൊക്കെ വേറെയാക്കിയതും കിടക്കുന്ന മുറി വേറെയാക്കിയതും അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയത് പറയാണ് ഇന്ന് നമ്മളത് സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മളത് വിട്ടു ഇന്ന് നമ്മൾ പറയുന്നു ഇതൊക്കെ എന്താണ് പഴയ ആളുകൾക്ക് സംസ്കാരമില്ലാതെ അവരെന്തൊക്കെയോ സ്ത്രീകളോട് വിവേചനം കാണിച്ചു എന്നിട്ടിപ്പോൾ സ്ത്രീകൾ പറഞ്ഞാൽ എന്താ പുരുഷന്മാരെക്കാൾ മോശമാണോ ഞങ്ങൾ സൂര്യനേക്കാളും ഉയർന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ മാറ്റി പറയുകയാണ് പണ്ടത്തെ പോലെ വീട്ടിൽ നിന്ന് ആളില്ല ഇന്ന് പിരിയാടാന്ന് പറഞ്ഞ് പുറത്തിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പൊ ശുദ്ധി അതൊക്കെ നമ്മൾ വിട്ടു എന്നാലും കുറേ ആളുകൾ ഒരു ചില ആളുകൾ ഈ സമയത്ത് അമ്പലത്തിൽ പോലും പോകുന്നവരുണ്ട് പങ്ങനെയുള്ളവരുണ്ട് പറയാണ് എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോഴും ആ സംസ്കാരത്തിലൊന്നും മാറ്റം തമിഴ്നാട്ടിലൊക്കെ ഒരു മാറ്റം വന്നില്ലേ എന്നാ അതിലൊക്കെ മാറ്റം വരുത്തിയ ആളുകളുണ്ട് എന്താ ഇതിലൂടെയൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഇക്കാര്യത്തിൽ തീക്ഷ്ണ ബുദ്ധിയിലാണ് അവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് നേരിട്ട് അനുഭവപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ആയുർവേദ ഗാർഡനിലൊരിക്കൽ പോകാനിട വന്നു കോട്ടയ്ക്കലിന്റെ തോന്നുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു ദിവസം ഈ ഗാർഡൻ കാണാൻ ചെന്ന ദിവസം പെൺകുട്ടികളാണ് ലോക്കൽ പെൺകുട്ടികളാണ് അവിടെ പുല്ല് പറയ്ക്കാനും ചെടികളെ ട്രിം ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൽ ചില പെൺകുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരിങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ് അപ്പോൾ ചോദിച്ചു എന്താ വരാഞ്ഞതെന്ന് അപ്പോൾ പറഞ്ഞു അവരൊക്കെ പിരീഡിലുള്ള ഓരോന്നും ഞങ്ങൾക്കിട്ട് കയറ്റില്ല അതെന്താണെന്ന് വെച്ചു അൻപത് മീറ്റർ ചുറ്റളവിൽ അങ്ങനെ പിരീഡുള്ള കുട്ടികൾ വന്നാൽ പല ചെടികളും ഉണങ്ങിപ്പോകുന്നു ഇപ്പം നോക്കൂ പിരീഡുള്ള സ്ത്രീകൾ അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പല ചെടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവരുടെ ശരീരത്തിന് സാധിക്കുമെങ്കിൽ മനുഷ്യ ശരീരത്തിനെ സ്വാധീനിക്കില്ലേ ഒരു ചോദ്യം അതാണ് ഇനി വീണ്ടും നമ്മൾ കോട്ടയത്ത് പോയപ്പോ അവിടെ സപ്താഹസമയത്ത് തന്നെ ഒരാള് മൽബറി ചെടി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകേണ്ടായി അവിടെയും പെൺകുട്ടികളാണ് മൽബറി ചെടികളെ ശുശൂഷിക്കാൻ കൂടുതലുള്ള ഗ്രാമത്തിലുള്ള കുട്ടികൾ വിദ്യാഭ്യാസം കൂടുതലില്ലാത്ത കുട്ടികൾ അവിടെയും ചില കുട്ടികൾ അന്ന് വന്നിട്ടില്ല അപ്പൊ പറയാണ് നൂറ് മീറ്ററിലുള്ള മൽബറി ചെടിയിലുള്ള പട്ടുനൂൽ പുഴു ഇവരകത്ത് കയറിയാൽ പടഞ്ഞു മരിക്കൂ അപ്പൊ നോക്കൂ ഒരു പുഴുവിനെ പുഴുവിനവരുടെ ശരീരത്തെ സ്വാധീനിച്ച് ചാവാൻ പറ്റുമെങ്കിൽ മനുഷ്യ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുമോ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ സത്യമാണെങ്കിൽ ഒരു റോസാപ്പൂവിന്റെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ പിരിയുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അതെന്റെ എതളുകൾ കൊഴിയുമെങ്കിൽ തുളസി വാടിക്കരിയുമെങ്കിൽ മനുഷ്യ മനസ്സിനെയും സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസമൊക്കെ മാറി നിൽക്കാൻ വേണ്ടി പൂർവികർ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ോകം പുരോഗതിയിലേക്ക് പോകുമ്പോ മൃഗത്തിന് മനസ്സുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ചെടികൾക്കും മനസ്സുണ്ടെന്ന് കണ്ടെത്തിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ചെടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഒരു സ്ത്രീയുടെ ശരീരത്തിന് പറ്റുമെങ്കിൽ മനുഷ്യ മനസ്സിനെയും സ്വാധീനിക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും അത് ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല പറയുന്നത് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതീയ ആചാര്യന്മാര് ഇങ്ങനെ സംസ്കാരത്തെ ഇവിടെ ഉണ്ടാക്കിവെച്ചത് അപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം കഴിഞ്ഞതും നമ്മൾ ആ സമയത്ത് ഇടപാടുകൾ കുറച്ച് മാറി നിൽക്കാൻ സാധിച്ചാൽ നമ്മളായിട്ട് ആർക്കും ദ്രോഹം ഉണ്ടാക്കില്ല ഇങ്ങനെ ഈ ഭാഗം പറഞ്ഞ് വീണ്ടും ഇന്ദ്രൻ മുക്തനായെങ്കിലും ഇന്ദ്രൻ വിശ്വരൂപനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ വിശ്വരൂപന്റെ പിതാവ് തൊഷ്ടാവ് ഒരു യാഗം ചെയ്യാൻ നിശ്ചയിച്ചു എന്താണ് യാഗത്തിന്റെ സങ്കല്പം ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം അങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലി ചൊല്ലാൻ വേണ്ടിയിട്ട് സങ്കല്പമെടുക്കാൻ വേണ്ടിയിട്ട് തീർത്ഥം വെള്ളം അരി പൂവ് ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് ചൊല്ലുകയാണ് ഇന്ദ്രശത്രു വിവർദ്ധസ്വ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ വർദ്ധിക്കട്ടെ എന്ന് പറയുകയാണ് പറയുന്ന സമയത്ത് നാവൊന്ന് പഴച്ചു പോയി ഇന്ദ്രനെ കൊല്ലാൻ പറ്റുന്ന പുത്രൻ വേണം എന്ന് പറയുന്നതിന് പകരം ഇന്ദ്രനാൽ കൊല്ലുന്ന ഒരു പുത്രൻ വേണമെന്നായിപ്പോയി നാവ് പഴച്ചാൽ പോയില്ലേ അർത്ഥം മാറിക്കഴിഞ്ഞാൽ പോയില്ലേ അതുകൊണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ മകൻ എഞ്ചിനീയറിങ്ങൊക്കെ കഴിഞ്ഞു ജോലിക്ക് പോവുകയാണ് ഇന്റർവ്യൂവിന് പോവുകയാണ് അപ്പൊ അമ്മയുടെ കയ്യിൽ ഒരു അമ്പത് രൂപ കൊടുത്തിട്ട് പറഞ്ഞു അമ്മയൊരു വഴിപാടൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വരൂ മോശമാവരുത് കാര്യമൊന്നും വിഘ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ മകൻ തിരിച്ചു വരുമ്പോൾ അമ്മ മുഖത്തേക്ക് നോക്കിയപ്പം തല താഴ്ത്തിയിട്ടാണ് തന്നെ മനസ്സിലായി ശരിയായിട്ടില്ല കാര്യം എന്ന് വന്നപ്പോ ചോദിച്ചു എന്താ ഉണ്ടായതെന്ന് അമ്മ ഞാൻ തന്ന കാശ് അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു ആ കൊടുത്തു എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത് എന്ന് പ്രാർത്ഥിച്ചു നെയ്യാ സംഭവിച്ചത് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ചെന്നിട്ട് പാവ അമ്മ ഉദ്ദേശിച്ച ഒരു മുടക്കൊന്നും ഉണ്ടാവരുത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതൊക്കെയാണ് പ്രാർത്ഥിച്ചത് പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നതെന്നാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അപകടമാണ് ഒരു അമ്മ ചെന്ന് ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ഗുരുവായപ്പ എന്റെ മോൾക്ക് കുട്ടികളുണ്ടായിട്ട് കാലം കുറിയിട്ടോ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള മോഹം അവൾക്ക് എത്രയാണുള്ളത് ഏതായാലും ഭഗവാനെ ഒരു കുഞ്ഞിക്കാല അവൾക്ക് കാണിപ്പിച്ചു കൊടുക്കണേ ഞാൻ ഒരുപോലെ പഴം ഭഗവാനെ നേരിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് മങ്ങൾ ഗർഭിണി ഓ അമ്മയ്ക്കുണ്ടായൊരു സന്തോഷത്തിന് അതിരില്ലേ അമ്മ അങ്ങനെ മകള് പ്രസവിച്ചു നോക്കുമ്പോൾ ഒരു കാലമായിട്ടാണ് പ്രസവിച്ചു വരുന്നതേ തമാശയാണെങ്കിലും കാര്യമുണ്ട് പറയുന്നതിനാണ് അവൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം വെറുതെ ഓരോന്നും പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പോ ഇങ്ങനെ ഇന്ദ്രശത്രു വിവർദ്ധസ്ത എന്ന മന്ത്രം ചൊല്ലിയതും ഭീമാകാരമായ ഒരു രൂപം പ്രകടമായി അവന് പേരിട്ടു വൃത്രന്ന് പേരിട്ടു അവനതാ നേരെ അസുരന്മാരെ കൊലാനായിട്ട് പുറപ്പെടുകയാണ് ഒരു ഇന്ദ്രന്റെ ഒരു അസുരന്മാരെ നേതൃത്വം കൊടുത്തുകൊണ്ട് വൃത്രൻ അപ്പോഴേക്കും ഇന്ദ്രന്റെ പേടിയി തന്നെ കൊല്ലാം ഒരുത്തം വന്നിട്ടുണ്ടെന്ന് വീണ്ടും ഓടി ബ്രഹ്മാവിന്റെ അടുത്ത് ഇപ്പൊ അതിനുള്ള അറിയില്ല ഉടനെ ചോദിച്ചു എന്താ ഇന്ദ്ര നീ ഇപ്പൊ കുരുത്തക്കേട് ചെയ്തതെന്ന് ഞാൻ അതിലും വലിയ കുരുത്തക്കേടാ ചെയ്തത് നേരത്തെ ഗുരുവിനെ അപമാനിച്ചിട്ടേളൂന്ന് ഇപ്പോഴെന്താ ചെയ്തതെന്ന് അയാളുടെ തലവെട്ടിരുന്നു ഇനി ചെയ്തത് ഇപ്പൊ തന്നെന്താ പരിഹാരം എന്ന് ചോദിച്ചു ഇപ്പൊ എനിക്കറിയില്ലതിന് പരിഹാരം ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് പാലാഴി തീരത്തി എന്ന് സ്തുതിച്ചു ഭഗവാൻ പ്രകടമായിട്ട് പറഞ്ഞു കൊടുത്തു ഇന്ദ്ര ഇതിൽ നിന്ന് മുക്തമാവാൻ ഒറ്റ മാർഗയുള്ളൂ അതെന്താണ് ദതീജി എന്ന് പറഞ്ഞൊരു മഹർഷി തപസിന്ന് അയാളുടെ നട്ടല് മേടിക്കണം ഇന്ദ്രൻ അപ്പോഴേ ഞെട്ടി ഇവിടെ ഒന്ന് രണ്ടെണ്ണത്തിന്റെ കാര്യം കഴിഞ്ഞ് കിടക്കും എങ്ങിപ്പോ ഇയാളുടെ നട്ടെല്ല് മേടിച്ചിട്ട് ഇനി എന്തൊക്കെയാണ് കുഴപ്പമുണ്ടാവുക ഏറ്റാലും ഭഗവാൻ പറഞ്ഞതല്ല പരിഹാരമില്ല എന്ന് അങ്ങനെ ദതീജി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചപ്പോൾ ചോദിച്ചു എന്താ ഇന്ദ്ര വേണ്ടത് ചെറിയൊരു സഹായം ചെയ്യണം അവിടെ ആ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അവിടുത്തെ ആ നട്ടല്ലോ നിങ്ങളുടെ തന്നാ തരക്കടലാണ് ഇന്ദ്ര ആരെങ്കിലും ഇങ്ങനത്തെ ഒക്കെ അതല്ലേ ആരും ചോദിക്കാത്തത് ഞാൻ ചോദിച്ചത് അങ്ങക്കാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സായി ഇനിയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു എനിക്കാണെങ്കിൽ അത് കിട്ടിയാൽ അസുരന്മാരെ നേരിടുകയും ചെയ്യാം അവസാനം ഇന്ദ്രന് നട്ടെല്ലോ കൊടുത്ത് ദതീജി പോയി അത് വിശ്വകർമാവിനെ ഏൽപ്പിച്ച് അതിനെ വജ്രായുധമാക്കി മാറ്റി ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാര് അങ്ങനെ മുഖാമുഖം അവർ യുദ്ധത്തിന് വന്നപ്പോ അവിടെ വച്ച് അസുരന്മാര് വജ്രായുധം കണ്ട് പേടിച്ചോടിയപ്പോ വൃദ്രാസുരൻ അവരെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുകൊണ്ട് പറഞ്ഞു മരണം സുനിശ്ചിതമാണ് ധീരരായിട്ട് നിങ്ങൾ മരിക്കൂ എന്ന് പക്ഷെ അതൊന്നും അവർ കേട്ടില്ല അതിനുശേഷം ഐരാവതത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഐരാവതത്തിനെ തന്റെ മുഷ്ടി ചുരുട്ടി ആഞ്ഞോങ്ങിയ ഒരൊറ്റ പ്രഹരം വെച്ചു കൊടുത്തു ഐരാവതം തിരിഞ്ഞുപോയി ഇന്ദ്രനാണെങ്കിലോ തന്റെ കയ്യിൽ നിന്ന് വജ്രായുധം തൊറിച്ച് വീണു വീഴാൻ തുടങ്ങി ആ സമയത്ത് ഇന്ദ്രൻ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും വൃത്രാസുരൻ വജ്രായുധം എടുത്ത് തന്റെ നേരെ പ്രയോഗിക്കാവുന്നതേ ആ സമയത്ത് വൃത്രൻ ചെയ്യുന്ന ഒരു കാര്യം കണ്ട് ഇന്ദ്രൻ പോലും നമസ്കരിച്ചു പോയി ഇന്ദ്രനെ അടുത്തേക്ക് വൃത്രാസുരൻ വജ്രായുധം കൊണ്ടുവന്നിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു മോഹവും എനിക്ക് നിന്റെ സ്വർഗവും വേണ്ട ഒരു ഭോഗവും വേണ്ട ഞാൻ വാസ്തവത്തിൽ ഈശ്വര പ്രേമത്തിൽ നിറഞ്ഞിരിക്കുന്നു ഈ ശരീരം എനിക്ക് ഈശ്വരപ്രാപ്തിക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അതൊന്ന് നീ വെട്ടിമുറിച്ച് തന്നാൽ എനിക്ക് വലിയ ഭാഗ്യയിരിക്കുന്നു ഇന്ദ്രനെ വിശ്വസിക്കാൻ പറ്റും ഈ കാണുന്നത് ഒരു അസുരൻ പറയേ ഈശ്വരപ്രാപ്തിയിലേക്ക് എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു എന്ന് ആ സമയത്ത് വൃത്രാസുരൻ പറയുകയാണ് ഞാൻ ആരാണെന്ന് എനിക്കറിയുമോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു രേ തവ പാദേകമൂല ദാസുദാസോപവിദാസ്മു ഭൂയ മനസ്മരെ ദാസുപദേ ഗുണാംസേ ഗർമ്മ കരൂതുഗാ നാഗപൃഷ്ടം നഗമാരമേഷ്ടം നോമം നരസാധിപത്യം നോകസിദ്ധീര പുനർഭവം വീഹൈയകാം എനിക്ക് യോഗസിദ്ധികൾ വേണ്ട മോക്ഷം വേണ്ട എനിക്കിതൊന്നും മോഹമില്ല എനിക്ക് വേണ്ടത് എൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനിലേക്ക് ഉയർന്നിരിക്കുന്നു ഞാനോ അഹം ഹരേ തവ പാതമൂലദാസാനുദാസൻ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ദാസന്റെ ദാസനായിട്ട് ഞാൻ നിൽക്കുന്നു ഞാൻ ആ വിനയത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ശരീരത്തെ ഒന്ന് വെട്ടിമുറിച്ചു തരൂ എന്റെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജാതാപരം പ്രിയം പ്രിയൈവ വിശദം വിഷന്നോ മനോരവിന്ദാക്ഷതച്ചതീത്വം ഒരു പക്ഷിക്കുഞ്ഞ് ചരകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞ് സന്ധ്യയാവുമ്പോ ആ അച്ഛനെയും അമ്മയെയൊക്കെ വിശപ്പുകൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ഒരു പശുക്കുട്ടി വിശന്നുകൊണ്ട് ദാഹിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് സന്ധ്യാസമയമായിട്ടും ആ തള്ള വരാത്ത സമയത്ത് ആ തള്ളയെ പശുത്തള്ളയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ഒരു പെൺകുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യാസമയമായിട്ടും ഭർത്താവ് വീട്ടിലെത്താതിരിക്കുമ്പോൾ ആ സ്നേഹത്താൽ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന രംഗമുണ്ടല്ലോ അതുപോലെ എന്റെ മനസ്സ് ദാഹിക്കുന്നു കൊതിക്കുന്നു വിശക്കുന്നു സ്നേഹത്താൽ അടുക്കാൻ കൊതിക്കുന്നു ആരിലേക്ക് മനോ അരവിന്ദാക്ഷതേത്വം അരവിന്ദാക്ഷനിലേക്ക് ചേരാൻ കൊതിക്കുകയാണ് എന്റെ മനസ്സിൽ ആ തീവ്രമായ വികാരം നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്റെ ഇന്ദ്ര എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ എന്താ പ്രാർത്ഥന മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം സംസാരമി സ്വമായത്മാത്മതാരകേഹേഷു ആസത്തതി മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം നല്ലത് ചിന്തിക്കുന്ന നല്ലതിലേക്ക് മനസ്സുയർത്തുന്ന മനസ്സിന് ധൈര്യം തരുന്ന മനസ്സിന് പ്രചോദനം തരുന്ന മനസ്സിന് ഉണർവ് തരുന്ന അങ്ങനെയുള്ള ആളുകളുമായിട്ട് മാത്രമേ സഖ്യം എനിക്ക് സഖ്യമുണ്ടാവാൻ പാടുള്ളൂ കേവലം വീട് ഭാര്യ മക്കള് ഇങ്ങനെയുള്ള വിഷമങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ് തളർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുമായി നാഥപൂയൽ ഒരിക്കലും എനിക്ക് ബന്ധമുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഇന്ദ്ര എനിക്കെന്തിന്റെ സ്വർഗ പദവി വേണ്ട എനിക്കെന്തിന് ബ്രഹ്മാവിന്റെ പദവി വേണ്ട ഒരു സ്വർഗീയ സുഖങ്ങളും വേണ്ട ഞാൻ അത്യന്തം ഭഗവത് പ്രേമത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ആ ഒരു നിമിഷം ഇന്ദ്രനുണ്ടോ കൊല്ലാൻ പറ്റുന്നു ഇന്ദ്രൻ ഇങ്ങനെ കൈകൂപ്പി നിന്നു ഒരു ഗുരുവിനെ കൊന്നതിന്റെ കുഴപ്പം ഞാൻ അനുഭവിച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ ഇവൻ അതിനേക്കാളും വലിയ ഗുരുവായിട്ടാണ് മുന്നിൽ നിൽക്കണം ഇവനെ കൊന്നാൽ എന്തൊക്കെയാ കുഴപ്പമുണ്ടാവുക എന്നറിയില്ലേ നേരത്തെ നാലുപേരെങ്കിലും വാങ്ങിച്ചാൽ തൽക്കാലം ഞാൻ ബ്രഹ്മഹത്യാപാതത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനിയിപ്പൊ ആരാ മേടിക്കാൻ ഒരാറൊപ്പവും ഇല്ല ഇന്ദ്രൻ കൊല്ലാതെ അങ്ങനെ ആ ഇന്ദ്രന് എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു വൃത്തിനെ നമുക്ക് പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൽ കാണാം പറഞ്ഞു ഇന്ദ്ര നീ അല്ല എന്നെ കൊല്ലുന്നത് കാലം നിന്നെ എന്നെ കൊല്ലാൻ നിയോഗിച്ചിരിക്കുന്നു വാസ്തവത്തിൽ നീ ഒരു നിമിത്തമാണ് ഇൻസ്ട്രുമെന്റാണ് ഇത് നല്ല ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം വിവാഹം കഴിക്കുമ്പോഴും കുട്ടികൾ ഉണ്ടാവുമ്പോഴും കുട്ടികളില്ലെങ്കിലും വീടുണ്ടെങ്കിലും വീടുള്ളെങ്കിലും എന്തൊക്കെ അനുഭവം വന്നാലും ഈ അനുഭവങ്ങളിലൂടെ കടന്നു ഈശ്വരൻ നമ്മെ ഒരു ചെസ് ബോർഡിലെ ഒരു കരു എന്ന പോലെ നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ് നാം നമ്മുടെ റോൾ അഭിനയിച്ച് മാറി നിൽക്കാൻ പരിശീലിക്കണം ബന്ധങ്ങൾ ബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സമ്മതിക്കരുത് ബന്ധനം ഭഗവാനുമായിട്ട് മാത്രമേ അരുത് ഭഗവാനുമായി മാത്രമേ അനുവദിക്കാവൂ പറയാണ് മറ്റൊന്നുമായിട്ട് സമ്മതിക്കരുത് മനസ്സിനെയും പറയണം കാരണം ഈ മനസ്സ് വന്നതും ഒറ്റയ്ക്കാണ് പോവുന്നതും ഒറ്റയ്ക്കെയാണ് പിന്നെ ആരായിട്ട് ബന്ധനമുണ്ടാക്കിയിട്ട് എന്ത് കാര്യമുണ്ട് അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിച്ച് ഭഗവാനുമായിട്ട് ബന്ധനമുണ്ടാക്കാൻ സാധിച്ചാൽ ബന്ധങ്ങളൊന്നും നമുക്ക് തലവേദനകൾ ഉണ്ടാക്കില്ല അല്ലെങ്കിലോ ഇതിനെക്കുറിച്ച് നാം ദുഃഖിക്കും അയ്യോ എനിക്ക് ഇനി ഇപ്പൊ അതിനേക്കാൾ നമ്മൾ കടക്കുന്നത് എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ഒരു ചിത്രകേതുവിന്റെ കഥയിലേക്കാണ് കടക്കുന്നത് ചിലരാണെങ്കിലോ കുട്ടികൾ ഉണ്ടായിട്ട് അവർ നേരെയായിട്ടില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ അല്ലെങ്കിൽ ഭർത്താവ് പോയി എന്നുള്ള ദുഃഖത്തിൽ ഭർത്താവ് വന്നു എന്നുള്ള ദുഃഖത്തിൽ ചിലർക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിനെന്താ പരിഹാരമുള്ളത് മയ്യാസക്തമനപ്പാർത്ത യോഗം യുഞ്ചന്മദാശ്രയ ഭഗവാനിൽ മനസ്സിനെ കെട്ടിയിട ഒരു പശുവിനെ കെട്ടിയിടുന്ന കുറ്റി പോലെ മനസ്സെപ്പോഴും ഭഗവാനാകുന്ന കുറ്റിയിൽ അങ്ങോട്ട് കെട്ടിയിട്ടേക്ക് ആര് വന്നു ആര് വന്നില്ലേ ആര് കണ്ടു കണ്ടില്ലേ ഞാൻ എന്റെ നിയോഗത്തെ പൂർത്തീകരിച്ചിരിക്കണോ ആ കൃതാർത്ഥതയിൽ ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക അതുകൊണ്ട് കാലയേവ കാരണം കാലം നമ്മെ നിയോഗിച്ചിരിക്കുന്നു ഏത് കുലത്തിൽ ജനിക്കണം ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണോ ആരെ വിവാഹം കഴിക്കണം എങ്ങനെ ജീവിതം നയിക്കണം ഇതൊക്കെ കാലം നിയോഗിച്ചു കഴിഞ്ഞു ഇനി അതിനെ മാറ്റാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും സന്തോഷമായി ജീവിക്കണോ ദുഃഖിച്ച് ജീവിക്കണോ ചോയ്സ് ഈസ് അവേഴ്സ് നമ്മുടേതാണ് എങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് ദുഃഖിക്കണോ ദുഃഖിച്ച് ജീവിച്ചോളൂ അഞ്ച് ഭർത്താക്കന്മാരെ മാനേജ് ചെയ്ത് ദുഃഖിക്കാതിരുന്നവളാണ് പാഞ്ചാലി എന്നിട്ട് നമുക്ക് ഒരു ഭർത്താവിനെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക മനസ്സിലായില്ലേ പതിനാറായിരത്തെട്ട് ഭാര്യമാരെ മാനേജ് ചെയ്ത ഒരാളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിട്ട് ഒരു ഭാര്യയെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ പതിനാറായിരത്തെട്ട് ഭാര്യമാരിൽ പത്ത് പത്ത് കുട്ടികളോ ഒന്ന് കണക്കുകൂട്ടി നോക്കൂ ഇപ്പൊ വേണ്ട വീട്ടിൽ ചെന്ന് കുട്ടിയാൽ അവരൊക്കെ മാനേജ് ചെയ്ത ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാലോ എത്ര വിഷമമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സ്വാമി നിങ്ങൾക്ക് പറയാം കല്യാണം കഴിച്ചു നോക്കിയാലേ അറിയില്ലോ കല്യാണം കഴിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല എന്താ അത്ഭുതമില്ല എന്ന് പറയാൻ കാരണം ഇതുതന്നെ നമ്മുടെ സ്വഭാവം തന്നെ എവിടെ പോയാലും ഉണ്ടാവുള്ളൂ ഒരാള് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു നീ എനിക്കൊരു ശൂരനായിട്ടുള്ളൊരു നായയെ കൊണ്ടുവരണമെന്ന് നല്ല കടിക്കുന്ന സ്വഭാവമുള്ളൊരു നായെ നല്ല ആരോഗ്യമുള്ളൊരു നായ കൊണ്ടുവരണം എത്ര കാശ് വേണമെങ്കിൽ ഞാൻ തരാം നീ കൊണ്ടുവരണം അങ്ങനെ സുഹൃത്ത് കുറച്ച് കാലത്തിനേഷം ഓരോ ചാവാലി പട്ടിയെ കൊണ്ടുകൊടുത്ത് ഈ ആൾക്ക് എല്ലും ഒരു പട്ടിയെ പറഞ്ഞു നിന്നോട് ഞാൻ പറ നല്ല ശൂരനായിട്ടുള്ള ആരോഗ്യമുള്ള പട്ടിയെ കൊണ്ടുവരുന്നിട്ട് ഈ ചാവാലിയിട്ടുള്ള സാധനത്തിന് നീ വലിച്ചു കൊണ്ടുവന്നിരിക്കണമെന്ന് ഉടനെ ഇവൻ പറയാണ് സുഹൃത്ത് പറയാണ് ഏത് ചാവാലിയായ പട്ടിയും ശരി ചേർന്നാൽ അവൻ കടിക്കല്ല ആളെ കൊല്ലുന്നു പോലും എനിക്കറിയാം കാരണം നിന്റെ സ്വഭാവം അവന് കിട്ടും വേഗം എവിടെയൊക്കെ നമ്മൾ പോയാലും എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ സ്വഭാവത്തിന് വലിയ മാറ്റൊന്നും വരാൻ പോകുന്നില്ല അതങ്ങനെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട അതുകൊണ്ട് കാലം നിശ്ചയിച്ചതിനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കടന്നു പോകണം അതിനെന്ത് വേണം അത് മാനേജ് ചെയ്യാൻ അറിയണം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അതും പറഞ്ഞു കൊടുക്കുകയാണ് തസ്മാതീർത്തിയോയോ രവി സുഖദുഃഖാൻ മൃത്യു ജീവിത ജീവിതത്തിൽ എപ്പോഴും വൈരുദ്ധ്യമായ അനുഭവങ്ങൾ ഉണ്ടാവും നാം സുഖമെന്ന് വിചാരിക്കുന്നത് പിന്നീട് ദുഃഖത്തിലേക്ക് നിറയും നാം ദുഃഖമെന്ന് വിചാരിക്കുന്നത് പിന്നെ സുഖത്തേക്ക് തിരിയും അങ്ങനെ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു ഞാൻ ബോംബെയിൽ അന്തരി പറയുന്ന സ്ഥലത്ത് സപ്താഹം നടത്തുകയാണ് അപ്പം ആ സമയത്തൊരു അമ്മയുടെ മകളുടെ കല്യാണം നടക്കാൻ വളരെ വളരെ പ്രയാസപ്പെട്ടു എന്തോ ഭാഗ്യവശാൽ പെട്ടെന്ന് അവർക്കൊരു പ്രപ്പോസലൊക്കെ ശരിയായി അപ്പോൾ രുക്മിണി സ്വയംവരത്തിന് അവർക്ക് വലിയ മോഹം അവർക്ക് എന്താണ് തൻ്റെ മരുമകളെ കൊണ്ട് ബോംബയിൽ പിന്നെ അതൊക്കെ സാധിക്കും രുക്മിണി എടുപ്പിക്കണം അമ്മ പെണ്ണോട് വന്ന് ഞാൻ ചെയ്തോട്ടെ സ്വാമി ഞാൻ പറഞ്ഞു സമ്മതിച്ചു നിങ്ങൾ ആ കമ്മിറ്റിക്കാരോട് സംസാരിക്കും ഞാൻ പറഞ്ഞോളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ആനന്ദത്തിൻ്റെ ഉത്സവത്തിലാണ് ഒരു മകനെയുള്ളൂ കല്യാണം കഴിക്കുന്നതും അതും കോടീശ്വരിയായിട്ടുള്ളൊരു പെൺകുട്ടി അങ്ങനെ ആനന്ദം എനിക്ക് കസവിന്റെ മുണ്ടൊക്കെ തന്നു പൊതുവെ ഞാൻ ഉടുക്കാത്ത സാധനങ്ങളാണ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ തന്ന് അങ്ങനെ ആ ഒരു സന്തോഷത്തിന്റെ തിമിർപ്പിൽ അവരിയ്ക്കുമ്പോൾ രാത്രി അവരെനിക്ക് ഫോൺ ചെയ്തു ഞാൻ സ്വാമി ഇന്ന് രാത്രി പോവുകയാണ് എന്റെ അമ്മ ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ സന്തോഷത്തിന്റെ ഇടയിൽ ഒരു ദുഃഖം കടന്നു വരുന്നത് നമ്മൾ ആരും അറിയുന്നില്ല ഇതാണ് ജീവിതം എന്ന് പറയുന്നത് സുഖമുണ്ടോ പുറകിൽ അവൻ കടന്നു വരുന്നവർ ചെയ്യാണ് ദുഃഖമുണ്ടോ പുറകിൽ മറ്റൊരു സന്തോഷം കടന്നു വന്നേ ഇത് പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം സമസ്യാതെ നല്ലത് നടക്കുമ്പോഴും മനസ്സിനോട് പറയാ വലിയ അഹങ്കാരൊന്നും വേണ്ട ഇനി കുറച്ചു ദുഃഖിക്കേണ്ടി വരുന്നു ദുഃഖിക്കുമ്പോഴും മനസ്സിനോട് ദുഃഖം വരുമ്പോഴും മനസ്സിനോട് പറയാൻ ദുഃഖിക്കേണ്ട ഇതും കുറച്ചു കഴിഞ്ഞാൽ മാറുന്നു ചെന്മയാനന്ദ സ്വാമികൾ ചില വാക്കുകളൊക്കെ പറയുന്നത് ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യും അദ്ദേഹം ഈ തരത്തിൽ പറയുന്ന ഒരു സെന്റൻസാണ് എപ്പോഴും ജീവിതത്തിൽ ദുഃഖവും വിഷമവും വരുമ്പോൾ മനസ്സിൽ പറയാ ഈവൻ ദിസ് വിൽ പാസ് അവേനും ഇതും ഒരു ഒഴുക്ക് പോലെയാണ് പാസ് അതുകൊണ്ട് ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയെന്ന് അങ്ങനെ നമ്മുടെ മനസ്സിനെ അഭ്യസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ദ്ര എന്നെ കൊന്നതിൽ കുറ്റബോധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ കൊല്ലാൻ പ്രേരിപ്പിക്കുമ്പോൾ അത്ഭുതങ്ങളിൽ അത്ഭുതമായിരിക്കാം ഇന്ദ്രൻ ദേവന്മാരുടെ അധിപതിയാണ് അവിടെ വച്ച് ഐരാവതത്തിന്റെ മുകളിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന വൃത്രാസുരനെ തൊഴുതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ് നീ ഭാഗ്യവാനാണ് നീ അനുഗ്രഹീതനാണ് അഹോ ദാനവസിദ്ധ്യോസി യസദേശേ ഭക്ത സർവാത്മനാത്മാനം സുഹൃതം ജഗതീശ്വരം നീ ഭാഗ്യവാനാണ് അനുഗ്രഹീതനാണ് ധന്യനാണ് കാരണം ഈശ്വരൻ നിനക്ക് സുഹൃത്തായി തീർന്നിരിക്കുന്നു നിനക്ക് മറ്റൊന്നും വലുതായി തോന്നിയിട്ടില്ല നിനക്ക് മറ്റൊന്നും പ്രിയമായി തോന്നിയിട്ടില്ല ഇതിലാശ്ചര്യം തോന്നുന്നു കാരണം മഹദാശ്ചര്യം യഥരജത്തം വാസുദേവേ ഭഗവതി സത്വാത്മനി ദൃഢാമതി എന്റെ മനസ്സ് ഭഗവാൻ വാസുദേവനിൽ ദൃഢമായി തിർന്നിരിക്കുന്നു നീയും ഞാനും തമ്മിലൊരു വ്യത്യാസമുണ്ട് വൃക്ര അതെന്താ വ്യത്യാസം നീ അമൃതമാകുന്ന സാഗരത്തിൽ നീന്തി സന്തോഷിക്കുമ്പോ ഞാനുണ്ടല്ലോ എന്റെ സ്വർഗപദവി എന്നത് െ ചാലത്തിലെ പുഴുവിന്റെ സുഖം പോലെയാണ് എന്റെ സുഖം നീ എന്നേക്കാളും എത്രയോ ഉത്കൃഷ്ടനായി തീർന്നിരിക്കുന്നു ഭക്തി ഭഗവതി ഹരോ നിശ്രേശ്വരി വിക്രീരിമൃതാംബോധോം ക്ഷുദ്രേ കാ എന്റെ സുഖം എന്ന് പറയുന്നത് ഓടവെള്ളത്തിലെ പുഴുവിന്റെ സുഖമാണ് നിന്റെ സുഖമെന്ന് പറയുന്നത് അമൃതമാകുന്ന സാഗരത്തിലെ ആനന്ദ ഞാനും നീയും എത്രയോ ദൂരെയാണ് നീ എന്നേക്കാളും വലിയൊരു മഹാത്മാവാണ് ധന്യനാണ് കൃതാർത്ഥനാണ് എന്ന് പറഞ്ഞ് വൃത്രാസുരനെ നമസ്കരിക്കുന്നു ദേവാദിദേവനായ ഇന്ദ്രൻ എന്തുകൊണ്ടാണ് നമസ്കരിച്ചത് വൃദ്ധൻ അസുരനായതുകൊണ്ടാണോ അല്ല വൃത്തന്റെ ശക്തി കണ്ട് പേടിച്ചിട്ടാണോ അല്ല വൃത്രന്റെ ഭക്തിയുടെ മുന്നിൽ ഇന്ദ്രൻ പൂരം നമസ്കരിച്ചു എന്നാണ് എവിടെ ഭക്തിയുണ്ടോ അവിടെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ഭക്തിയിലാണ് ശക്തിയിരിക്കുന്നത് അധികാരത്തിലോ പണത്തിലോ പ്രതാപത്തിലോ ബന്ധുക്കളിലോ ഒന്നുമല്ല ഇത് വീണ്ടും നമുക്ക് കാണിച്ചു പ്രഹ്ലാദനെ ഇന്ദ്രൻ പിടിച്ചുകൊണ്ടു ആ സമയത്ത് നാരദമഹർഷി പറയും അയ്യോ ആ കുട്ടി ഉള്ളിലിരിക്കുന്ന കുട്ടി അസുരനാണ് എങ്കിലും ആ കുട്ടി ശരിക്കും അസുര സംസ്കാരമുള്ളവനല്ല ഭക്തോത്തമനാണെന്ന് പറയുമ്പോ ആ കാണാത്ത കുട്ടിയെ ഇന്ദ്രൻ തൊഴുതുകൊണ്ടു പോകുന്ന ഒരു രംഗം ഇനി നമ്മൾ കാണാൻ പോകുന്നു ഇപ്രകാരം പിന്നീട് വൃത്രാസുരൻ പറഞ്ഞു നീ നിയോഗത്താൽ എന്നെ കൊല്ലാൻ വന്നവനാണ് അതുകൊണ്ട് എന്നെ വെട്ടിക്കൊന്നാലും എന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് കൈകളും മറ്റും മറുത്തവസാനം വയറ് കീറുമ്പോൾ ഉഗ്രമായ തേജസ് ആകാശത്തിലേക്ക് പൊങ്ങുന്ന സമയത്ത് ഭാഗവതം പറയുന്നു ഒരു അസുരൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ പുഷ്പവൃഷ്ടി നടന്നു എന്നാണ് കാരണം ആ അസുരൻ അസുരനായിട്ടല്ല പോയിരിക്കുന്നത് വലിയ ഭാഗവതോത്തമനായി തീർന്നിട്ടാണ് പോയത് ഇത് കേട്ടപ്പോ ശ്രീശുഖബ്രഹ്മഷിയോട് പരീക്ഷിച്ച് രാജാവ് ചോദിക്കുകയാണ് ആരാണ് ഈ വൃത്രൻ ഭക്തിയുള്ള ഒരു അസുരനായി എങ്ങനെയാൾ വന്നു എന്ന കഥ ചോദിച്ചപ്പോ ഞാൻ അതിനെ ചുരുക്കി പറയുകയാണ് സമയം കുറവായതുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹം ശൂര ശൂരസേന രാജ്യത്തിലെ ചിത്രഗീതു എന്ന് പറയുന്ന രാജാവായിരുന്നു ഇദ്ദേഹത്തിന് രണ്ടു മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഭാഗവതം ഒന്നുകൂടി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നുണ്ട് പതിനായിരം ഭാര്യമാരുണ്ടെന്ന് അത് സാധ്യമല്ല എന്തായാലും ഒരു മൂന്ന് ഭാര്യമാരെ മിനിമം വെക്കുക നമുക്ക് ഇപ്രകാരം ഈ ഭാര്യമാരിലൊക്കെ അദ്ദേഹം സുഖവും സന്തോഷവും അനുഭവിച്ച് രമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു ദുഃഖം ഇദ്ദേഹത്തെ വേട്ടയാരി എന്താണത് എന്നുള്ള ദുഃഖം അങ്ങനെയാണല്ലോ ചിലർക്ക് ചിലർക്ക് കുട്ടികളുണ്ടായല്ലോ എന്നുള്ള ദുഃഖം ചിലർക്ക് കുട്ടികളില്ലായല്ലോ എന്നുള്ള ദുഃഖം ചിലർക്ക് കുട്ടികൾ നേരെയായില്ലോ എന്നുള്ള ദുഃഖം ചിലർ കുട്ടികൾ നേരെയായിട്ട് നമ്മളെ നോക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖമില്ലാത്തവരായിട്ട് ആരും ഇല്ല എന്തെങ്കിലൊക്കെ ചില ദുഃഖങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ കുട്ടികളില്ല എന്നുള്ള ദുഃഖം വന്നപ്പോ നാരദമാർഷിയോടും മറ്റും പറഞ്ഞു അയ്യോ കുട്ടികളില്ലല്ലോ പറഞ്ഞു ഏഴ് ജന്മങ്ങളിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഇത് കേട്ടപ്പോൾ ദുഃഖം വന്നു എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കണ്ട കുട്ടികൾ ഉണ്ടാവാൻ വല്ല മാർഗവും പറഞ്ഞിരണം അവസാനം നിർബന്ധിപ്പിച്ചപ്പോ ഒരു യാഗം ചെയ്ത് പായസം വരുത്തി പായസം വന്ന് പായസം ഏത് ഭാര്യയ്ക്ക് കൊടുക്കണം അപ്പോഴേ കൺഫ്യൂഷൻ വന്നു പങ്കുവെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തോന്നി നൂത്ത ഭാര്യയ്ക്ക് അതായത് ആദ്യത്തെ ഭാര്യ പട്ടമഴ്ചയ്ക്ക് കൊടുക്കാന്ന് പട്ടമഴ്ചയ്ക്ക് പായസം കൊടുത്തു ഗർഭിണിയായി രാജാവിനുണ്ടായൊരു സന്തോഷത്തിന് അതിരില്ല ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു അതുപോലെ വസ്ത്രദാനം ചെയ്യുന്നു പ്രജകൾക്ക് അന്നദാനം ചെയ്യുന്നു പലതും പലതും ചെയ്ത് സന്തോഷത്തിന്റെ ഉത്സവത്തിൽ എന്നും പട്ടമഴ്ചയുടെ വീട്ടിൽ പോകും കുട്ടിയെ ലാളിക്കും അങ്ങനെ എടുത്തെടുത്തൊക്കെ കൊണ്ടു നടക്കും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു രാജാവ് മറ്റേ ഭാര്യമാരെയൊക്കെ മറക്കാൻ തുടങ്ങി അങ്ങോട്ടൊന്നും പോവാതെയും അപ്പൊ അവർക്ക് കണ്ണുകടി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലോ നമ്മുടെയും കൂടി ഭർത്താവാണല്ലോ അവളിപ്പം പ്രസവിച്ചു എന്ന് വിചാരിച്ചിട്ട് അവളുടെ മാത്രം ഭർത്താവില്ലല്ലോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും അവർ പോളിറ്റ് ബ്യൂറോ കൂടി എന്ന് വെച്ചാൽ അവരുടെ മീറ്റിംഗ് കൂടി ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേതെന്ന് എന്താ പരിഹാരം അവസാനം അവർ കണ്ടെത്തി ഇതിനുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അതെന്താണ് കുട്ടിയെ തട്ട് എന്നാ പിന്നെ രാജാവ് നമ്മളെടുത്തു വരുന്നത് അങ്ങനെ ഘോരമായ വിഷം കലക്കി ആ കുട്ടിക്ക് കൊണ്ടു കൊടുത്തു കുട്ടി അതിനെ കുടിക്കുകയും ചെയ്തു കുട്ടി നീല നിറം വന്ന് മലർന്നടിച്ച് വീണ് മരിച്ചു ആ കുട്ടിയുടെ ശവശരീരം കണ്ട് പൊട്ടി കരഞ്ഞു ഭാര്യ രാജാവും ഉത്സാഹിച്ചു നിലത്തൊക്കെ ഉരണ്ട് മറഞ്ഞ് അപ്പൊ മറ്റേ ഭാര്യമാർക്കും തോന്നി കരച്ചിൽ മോശം കരുതെന്ന് അവരും വന്ന് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി എല്ലാവരും ഉത്സാഹിച്ചു കരയാൻ അങ്ങനെ ആർക്കും വിളിയും ബഹളമായിട്ട് നാരദമാഷി അവിടെ എത്തിച്ചേർന്നു ചോദിച്ചു രാജൻ എന്തിനാ കരയണതെന്ന് അങ്ങയുടെ കുട്ടിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അതൊന്നും കേട്ടിട്ട് ബോധ്യം വന്നില്ല നാരദമാഷി തന്റെ യോഗശക്തി കൊണ്ട് കുട്ടിയെ വരുത്തി ആ ജീവനെ വരുത്തിയിട്ട് ചോദിക്കുന്ന ഭാഗമുണ്ട് ഭാഗവതത്തിൽ അതിമനോഹരമായൊരു ഭാഗം നമ്മളെ സമയം അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗം നോക്കാമായിരുന്നു ഭാഗവതത്തിൽ പതിനാറാം അധ്യായത്തിൽ ജീവവുവാച എന്നുള്ളൊരു ഭാഗമുണ്ട് ആ ജീവനോട് പറയാണ് നോക്കൂ ജീവൻ ഇത് നിന്റെ ശരീരമാണ് നീ യുവരാജാവാൻ പോകേണ്ടവനാണ് എല്ലാ സൗഭാഗ്യങ്ങളും നിന്നെ കാത്തിരിക്കുന്നു നിക്ക് നോക്കൂ നിൻ്റെ അച്ഛൻ കരയുന്നത് നിൻ്റെ അമ്മ കരയുന്നത് എന്തുകൊണ്ട് നിനക്ക് ആ ശരീരത്തിലൂടെ കയറിക്കൂടാന്ന് ഇത് കേട്ടപ്പോ ജീവൻ ചോദിക്കുകയാണ് ഏത് ശരീരമാണ് നാരദമാർഷേ ഞാൻ എത്രയോ അച്ഛനെ കണ്ടു എത്രയോ അമ്മയെ കണ്ടു എത്രയോ പേർക്ക് ഞാൻ അച്ഛനായി എത്രയോ പേർക്ക് ഞാൻ അമ്മയായി ഇവരിപ്പോ കരയുന്നത് എന്നെക്കുറിച്ചല്ല ശരീരത്തെക്കുറിച്ചാണ് ഒരാളുടെ കയ്യിൽ പണമിരിക്കുമ്പോ ആ നോട്ട് അവരുടെ കയ്യിലിരിക്കുമ്പോ അവര് പറയും എന്റെ നോട്ടെന്ന് അത് അവരുടെ കയ്യിൽ നിന്നും വേറൊരാളുടെ കയ്യിൽ പോകുമ്പോൾ അവര് പറയും എന്റെ ഇതാണ് ബന്ധം പറയുന്നത് പ്രസവിച്ച് കുറച്ചു കാലം നമ്മുടെ മക്കളെന്ന് പറയും ഒരു ദിവസം മകൻ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മ പറയും മോനെ ഇവിടെ വാന്ന് അപ്പോഴേക്കും മരുമകളുടെ കണ്ണ് കടിക്കാൻ തുടങ്ങും പറഞ്ഞിട്ടില്ല എന്റെ മോൻ എന്റെ മോൻ എന്ന് ഭർത്താവല്ലേ ഞാൻ നോക്കിക്കോളില്ലേ ഇയാളുടെ കാര്യം ഹോന്തിനാ ഈ തള്ള എന്തിനാണ് ഇത്ര ടെൻഷൻ എടുക്കുന്നത് അങ്ങനെ തുടങ്ങും അന്ന് അമ്മയ്ക്ക് മനസ്സിലാവും എന്റെ മോൻ എന്നുള്ളത് പറച്ചിൽ ഒഴിവാക്കണം ഇനിയിപ്പോ എന്റെ മകനല്ല എന്നുള്ളത് ആ മകരുമകൾ അങ്ങനെ പറയിപ്പിക്കും അങ്ങനെ ബന്ധങ്ങൾ മാറി മാറി വരുന്നത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നു അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടേതാണ് അത് മറ്റൊരാളുടെ കൈവശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധം അങ്ങോട്ട് മാറി ഇത് അറിയാത്തവരാണ് അമ്മായി അമ്മ പോരൊക്കെ ഉണ്ടാക്കുക കല്യാണം കഴിച്ചു കൊടുത്താലും എൻ്റെ എൻ്റെ എന്ന് പറയും അപ്പൊ അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഗുരുവായപ്പ എന്തിനായി സ്ത്രീക്ക് ഇത്ര ആയുസ് ഇട്ട് കൊടുക്കണതെന്ന് വേഗം അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ എന്ന് അങ്ങനെ നമ്മളത് കേൾക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ട് അതിനായിട്ട് ജീവിതത്തിന് അത് ഒത്തിരി വിവേകം നമ്മളൊന്നും അങ്ങനെ ചെയ്യില്ല കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ബസ് കഴിഞ്ഞു പിന്നെ ഓൾഡ് അങ്കിൾ ആൻഡ് ആൻഡിയിട്ട് ജീവിക്കുകനെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക പിന്നെ ഭാഗവതോ രാമായണമൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുക പക്ഷേ അതിനൊക്കെയുള്ള ബുദ്ധി വേണ്ടേ അത് തരണ്ടേ ഭഗവാൻ അതിനാണ് ഭാഗവതമൊക്കെ നേരത്തെ കേൾക്കണമെന്ന് പറയുന്നത് അതൊട്ടും കേൾക്കി കേട്ടില്ലെങ്കിൽ ഏഴ് മാതിരി പിന്നെ മൂട്ടയുടെ പോലെ വീട്ടിലിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി ഇങ്ങനെ കൊഴുപ്പുണ്ടാക്കി പിന്നെ പേനായി മൂട്ടയായി ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കി അങ്ങനെ വിഷമങ്ങൾ ആളുകളാണ് ജീവിതത്തിൽ നരകമനുഭവിക്കുന്നത് മനസ്സിലാവുണ്ടോ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവും പക്ഷേ ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങിയാൽ മറക്കും ചെയ്യും നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലൊക്കെ ജീവിക്കും അതാണ് നമുക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടേ അതുകൊണ്ട് ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തപ്പം ജീവൻ ഇത് പറഞ്ഞപ്പോ ചിത്രഗീതുവിന് പെട്ടെന്ന് ബോധോധയുണ്ടായി നാരദമാഷയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു ശരിയാണ് ജീവനെ ബന്ധിക്കാൻ ആർക്കും സാധ്യല്ല ജീവൻ സ്വതന്ത്രനാണ് ഈ മനസ്സ് സ്വതന്ത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു നിമിഷം ഈ ശരീരത്തെ മനസ്സ് വിട്ടുകഴിഞ്ഞാൽ മനസ്സിന് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോ കാൽക്കൽ വീണ്ടും ചോദിച്ചു എനിക്കിതെന്ന് ഉയരാൻ വല്ല പഴയും പറഞ്ഞു തരുമെന്ന് ഉടനെ ഒരു മന്ത്രോപദേശം കൊടുക്കുകയാണ് ഓ നമസ്തു ഭഗവതായ ായ നമസ്സങ്കർഷണായ ഈ മന്ത്രോപദേശം കൊടുത്ത് ധ്യാനം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മന്ത്രം ജപിച്ച് ജപിച്ച് ധ്യാനം ചെയ്ത് സംഘർഷണമൂർത്തി പ്രകടമായി അദ്ദേഹം പരമജ്ഞാനിയേറ്റിർന്നു അങ്ങനെ പരമജ്ഞാനിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ വിദ്യാധരന്മാരുടെ അധിപതിയായിട്ടിരിക്കുമ്പോൾ കൈലാസം വഴിക്ക് പോകാൻ ഇടവന്നു വിമാനത്തിലൂടെ അങ്ങനെ കൈലാസത്തിലേക്ക് നോക്കിയപ്പോ ഒരു ചിത്രം കണ്ടു ഇദ്ദേഹം എന്താണത് ഒരു രംഗം കാണണം പാർവതീരീവി പരമശിവന്റെ മടിയിൽ കയറിയിരിക്കുന്നു ഇത് കണ്ടപ്പോ സഹിച്ചില്ല നേരെ വിമാനം താഴേക്ക് ഇറക്കി പരമശിവനോട് പറഞ്ഞു നാണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടോ ചോദിച്ചു അതെന്താന്ന് വെച്ചാൽ പരമശിവൻ ഇങ്ങനെ നോക്കി സ്ത്രീകളെ ഞങ്ങളും മടിയിലൊക്കെ പിടിച്ചിരുത്താറുണ്ട് പക്ഷെ ഇത്ര പബ്ലിക്കായി ചെയ്യാറില്ല അങ്ങക്ക് ആ നാണം പോലും ഇല്ല എന്ന് മനസ്സിലായി ഗുരുവാണത്ര ഇത് തോന്നിവാസാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ പരമശിവനൊ അക്ഷരം വേണ്ടിയില്ല പാർവതീദേവിക്കത് സഹിച്ചില്ല കൊടുത്തു അവിടെ വെച്ചൊരു ശാപം നീയാണോ ലോകത്തിൽ ധർമ്മം പറയാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശപിച്ചു അങ്ങനെ വൃത്രാസുര ജന്മത്തിലേക്ക് ചിത്രകേതു വീണു എന്ന് പറയുകയാണിവിടെ ഈ കഥയിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ യഥാർത്ഥമായ സത്യത്തെ മനസ്സിലാക്കി ഉയർന്നവനാണ് ചിത്രകേതു അങ്ങനെ പ്രയത്നിച്ച് ഉയർന്നുവെങ്കിലും ഉള്ളിലുള്ളൊരു അഹങ്കാരം ൊണ്ട് ഒരു ശാപത്തിനരവന്നു ഇടവന്നു ശാപം കിട്ടി താഴേക്ക് വീണപ്പോഴും ഉള്ളിലുള്ള സംസ്കാരമൊന്നും വിട്ടുപോയില്ല അവരെയാണ് ഇവിടെ വെച്ച് നാം ഏത് സംസ്കാരം നേടിയെടുത്താലും അതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോവില്ല അതേതുപോലെയാണ് ഒരു ടേപ്പ് റിക്കോർഡർ പാടിക്കുന്നത് ടേപ്പ് റിക്കോർഡ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ അവിടെ കൊണ്ട് നിൽക്കും വീണ്ടും കറണ്ട് വന്നാൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ശരിയല്ലേ നിങ്ങൾ വാഷിംഗ് മെഷീനിലെ ഡ്രസ്സ് അലക്കുന്നവരാണ് വാഷിംഗ് മെഷീനിലെ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയാൽ വീണ്ടും കറണ്ട് വന്നാൽ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടങ്ങും മെഷീൻ ഒരിക്കലും പറയില്ല ആദ്യം മുതൽക്ക് തുടങ്ങുമെന്ന് എല്ലാം പുറത്തിട്ടും നിങ്ങൾ ആദ്യം മുതൽക്ക് തുടങ്ങുന്നു മെഷീൻ പറയോ ഇല്ല എവിടെ വരെ നിർത്തിയിട്ടുണ്ടോ അവിടുന്ന് തുടങ്ങും ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടെ സംസ്കാരം ഒരിക്കലും നമുക്ക് നശിക്കില്ല നമ്മളിനി അസുരന്റെ ശരീരമെടുത്താൽ പോലും ഭക്തോത്തമനായി തന്നെ ജനിച്ചു വരും എന്ന് പറയണം അതുകൊണ്ട് ചിത്രഗീതും ഒരു ചിത്രഗീതം എന്ന് പറയുന്ന ആള് അവസുര ശരീരമെടുത്തുവെങ്കിലും മനസ്സുകൊണ്ട് വലിയ ഭക്തോത്തമനായി എന്ന് ഈ കഥയിലൂടെ നമ്മളെ കാണിക്കുകയാണ് അതിനുശേഷം പിന്നീട് നമ്മൾ ഏതാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുന്നു അവിടെയാണ് ഭഗവാൻ നരസിംഹമൂർത്തി അവതരിച്ചു കഥ പറയുന്നത് ഈ കഥ ആരംഭിക്കുന്നത് ഒരിക്കല് രാജസൂയ യാഗം നടക്കുമ്പോൾ ഭഗവാനെ പൂർണ്ണ ബഹുമതിയോടുകൂടി ആദരവോടുകൂടിയിട്ട് അവിടെ വച്ച് ധർമ്മപുത്രരും മറ്റും പൂജിക്കുകയാണ് അങ്ങനെ പൂജിക്കുന്ന സമയത്ത് അവിടെ വച്ച് ശിശുപാലൻ എന്ന് പറയുന്ന രാജാവ് ഭഗവാനെ അധിക്ഷേപിക്കുകയാണ് ഇയാൾക്ക് എന്ത് യോഗ്യതയാണ് എന്താ ഭഗവാൻ ഇങ്ങനെ ഇരിക്കാനുള്ള യോഗ്യത ഇത് നിങ്ങൾ ഞങ്ങളെ നിന്ദിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രകേത് ബഹളം വെച്ചപ്പോൾ ഭഗവാൻ അവൻ്റെ ശിരസ് അതൊക്കെ മനോഹരമായ രംഗങ്ങൾ ദശാമസ്കന്ധത്തിൽ വരും നമുക്കപ്പോ കൂടുതലായിട്ട് കാണാം അങ്ങനെ അവന്റെ ശിരസ് അറുത്ത എല്ലാവരും നോക്കി നിൽക്കെ എല്ലാവരും സന്തോഷം കൊണ്ട് ആ ശിശുപാലൻ ഒരു കുഴപ്പമുണ്ടാക്കാൻ വന്നവനാണ് സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി കൃഷ്ണകൃഷ്ണ ജയ് ജയി എന്നൊക്കെ വിളിച്ചു കാണുന്നു ശിശുപാലന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഭഗവത് ശരീരത്തിൽ വന്നു ആ സമയത്താണ് നാരദമാർഷിയോട് ധർമ്മപുത്ര പറയുന്നത് അഹോ അനന്ത കാരുണ്യം ഇത്ര കാരുണ്യം ഭഗവാനുണ്ടെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ആ കാരുണ്യത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് നോക്കൂ ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അതിരറ്റതാണ് ആര് ഭഗവാനെ ഏത് വികാരത്തിലൂടെ സ്മരിച്ചോ അവർക്കൊക്കെ ഉന്നതി ഉണ്ടായിട്ടുള്ളൂ ഗോപികൾക്ക് തുടക്കത്തിൽ ഭഗവാൻ്റെ ശരീരത്തോട് കാമം തോന്നിയിരുന്നു അവർക്കൊരു ലൈംഗികാസക്തി തോന്നിയിരുന്നു എന്നാണ് പക്ഷേ കാമത്തെ ഭഗവാനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് പ്രേമമാക്കി പരിവർത്തനം ചെയ്ത് കാമത്തിൽ നിന്നും ശരീരത്തിൽ ഉയരാൻ അവർക്ക് സാധിച്ചു അതിനുശേഷം പിന്നീട് ക്രോധത്താൽ ശിശുപാലൻ ഭഗവാനിലേക്ക് ഉയർന്നു ഭയത്താൽ കംസൻ ഉയർന്നു ഇങ്ങനെ പലരും പല വിധ ഭഗവാനിലേക്ക് ഉയർന്നിട്ടുണ്ട് മനസ്സിനെ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും അത് സാധിക്കും ധർമ്മപുത്ര ഇങ്ങനെ പറഞ്ഞപ്പോ പണ്ട് ഹിരണ്യകശിപു ഭഗവാനെ പ്രാപിച്ച കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ നരസിംഹാവതാര കഥയിൽ ഭഗവാൻ വരാഹമൂർത്തിയിട്ട് ഹിരണ്യാക്ഷനെ വധിച്ച ദിവസം ഹിരണ്യാക്ഷന്റെ ശരീരത്തിനടുത്തു നിന്ന് സഹോദരനായ ഹിരണ്യകശിപു അലറിക്കൊണ്ട് പറയുകയാണ് ഏതൊരു ദുഷ്ടനായ ഹരിയാണോ എന്റെ സഹോദരനെ കൊന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ വന്നത് ഹരിയുടെ മാറന്ന് രക്തമെടുത്ത് ആ രക്തം കൊണ്ട് എന്റെ സഹോദരനെ തർപ്പണം ചെയ്തേ ഇനി ഞാൻ അടങ്ങിയിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് മന്ത്രിമാർക്ക് ശാസനം കൊടുത്തു ആരെങ്കിലും ഹരിയെന്നോ നാരായണനെന്നോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവരിഞ്ഞേക്കണം ഇനി യാഗം വേണ്ട യജ്ഞം വേണ്ട ഹോമം വേണ്ട പശുക്കളെ ദാനം ചെയ്യരുത് ഇനി ബ്രാഹ്മണരെ പൂജിക്കരുത് തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങളൊന്നും ഇവിടെ കണ്ടുപോരുത് അങ്ങനെയൊക്കെ കണ്ടാൽ അവരെയൊക്കെ തകർത്ത് നിങ്ങൾ കൊന്നേക്കൂ എന്ന് പറഞ്ഞ് ഗംഭീര ശാസനങ്ങളൊക്കെ കൊടുത്ത് ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഹരിയെ കൊല്ലാനുള്ള തീവ്രമായ ദേശത്തോടുകൂടി ആ വികാരത്തോട് വിക്ഷോഭത്തോടുകൂടിയിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോ കാണുന്നത് മാറത്തടിച്ചുകൊണ്ട് നിലത്ത് തലവെച്ചടിച്ചുകൊണ്ട് കരയുന്ന അമ്മയാണ് ആ അമ്മയുടെ ശിരസ് തന്റെ മടിയിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഹേ അമ്മേ അമ്മയുടെ പുത്രൻ മരിച്ചതിലാണോ അമ്മ കരയുന്നത് പുത്രൻ ധീരനായി മരിച്ചാൽ കരയരുതെന്നാണ് ഇതാണ് ക്ഷത്രിയന്മാരുടെ സംസ്കാരം ഒരു മകനെ യുദ്ധക്കളത്തിലേക്ക് യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കുമ്പോൾ ക്ഷത്രിയ അമ്മ തന്റെ കയ്യിൽ കുങ്കുമമെടുത്ത് നെറ്റിയിൽ പുരട്ടും എന്നിട്ട് പറയാ ഒന്നുകിൽ നീ ധീരനായി വിജയിച്ചു വരണം അല്ലെങ്കിൽ നീ യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കണം ഇങ്ങനെയല്ലാതെ നീ വന്നു പോകരുതെന്നാണ് അപ്പൊ അമ്മയെ അമ്മയുടെ പുത്രൻ ധീരനായി മരിച്ചതാണ് പിന്നെന്തിനമ്മ കരയണം അല്ലെങ്കിലും അമ്മയൊന്ന് നോക്കൂ വാസ്തവത്തിൽ എന്റെ അമ്മേ മരണം എന്ന് പറയുന്നുണ്ടോ ആത്മാവ് നിത്യമാണ് അമരമാണ് അജമാണ് അവ്യയമാണ് എന്നൊക്കെ ആത്മതത്വം നമ്മളേക്കാളും നന്നായിട്ട് ഇരണ്യാക്ഷൻ ഹിരണ്യകശിവ് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയ്ക്ക് എന്നിട്ട് അമ്മയ്ക്ക് അത് ബോധിക്കാൻ വേണ്ടി ഒരു കഥയും കൂടി പറഞ്ഞു കൊടുത്തു അമ്മേ വാസ്തവത്തിൽ നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ടോ അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നുണ്ട് നമ്മളാരെങ്കിലും പരസ്പരം കാണുന്നുണ്ടോ എന്താ സ്വാമി പറയുന്നത് കാണുന്നില്ല എന്ന് പറയാൻ പറ്റൂ വാസ്തവത്തിൽ നമ്മളൊന്നും കാണുന്നില്ല എന്നാ പറയുന്നത് നിങ്ങളൊന്ന് ഒന്ന് വളരെ ആലോചിക്കുമ്പോഴേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ പക്ഷെ ഈ ശരീരത്തിലൂടെ ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുന്നു എന്റെ നാവാണ് ഈ തത്വങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് നാവിന്റെ പുറകിലിരുന്ന് ആരാണോ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് ആ വ്യക്തിയെ കാണാൻ നിങ്ങൾക്ക് ഈ ജന്മം സാധ്യമല്ല ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ തലകുലുക്കുന്നു ചിലർ മുന്നോട്ടായി തലകുലുക്കുന്നു പല രീതിയിലും തലകുലുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യത്തിൽ നിങ്ങളൊന്നും ഉറങ്ങുന്നില്ല വളരെ നന്നായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തലകൊലുക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വാസ്തവത്തിൽ നിങ്ങളിലൂടെ തലകൊലുക്കുന്ന വ്യക്തിയെ ഞാനും കണ്ടിട്ടില്ല അവിടെയാണ് നമ്മൾ കാണുന്നതൊക്കെ ഒരു ശരീരത്തെയും കുറേ അവയവങ്ങളെയും അതിൻ്റെ ചലനങ്ങളെയും മാത്രം ശരീരത്തിലൂടെ പറയുന്ന ശരീരത്തെ ചലിപ്പിക്കുന്ന വ്യക്തിയെ ഇന്നേ ആർക്കും ഈ ലോകത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല ഇനിയോട്ട് കാണാൻ സാധിക്കുകയില്ല ഉണ്ടോ ഉണ്ടോ ചിന്തിക്കും പിന്നെന്തിനാ നമ്മൾ കരയേണ്ട ആവശ്യം ചിന്തിച്ചു നോക്കും നിങ്ങൾ ആരും ആരെയും ഇതുവരെ കണ്ടിട്ടില്ല ഇത് വീട്ടിൽ പോയിട്ട് നീ ഭർത്താവിനോട് പറയേണ്ട കേട്ടാ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം കൂടി കുഴിവരുകയാണ് ആളുകൾക്ക് ഇതൊക്കെ അവനവൻ ഉൾക്കൊണ്ട് ജീവിക്കാത്ത കാര്യമാണ് അപ്പൊ നമ്മൾ കാണാത്ത ഒരാളെ കുറിച്ചിട്ട് ദുഃഖിച്ചിട്ടെന്താ കാര്യം കാണാത്ത ഒരാളെ കുറിച്ചിട്ടാണ് നമ്മൾ ബഹളം വെക്കുന്നതൊക്കെ ചിന്തിക്കും നിങ്ങൾ ഒരു ശരീരത്തെയും ശരീരത്തിന്റെ അംഗങ്ങളെയും അതിൻ്റെ ചലനങ്ങളെയും കാണുമ്പോൾ നമ്മൾ പറയുന്നു ഇയാൾക്ക് ജീവനുണ്ടെന്ന് എപ്പോഴും ശരീരത്തിന്റെ അംഗങ്ങൾ ചലിക്കാതിരിക്കണോ അപ്പം നമ്മൾ മാറത്തടിച്ച് കരയാൻ തുടങ്ങും ഇയാൾ പോയി എന്നുള്ളത് ചിലപ്പോൾ കള്ളുറക്കായിരിക്കാം പിന്നെ അയാൾ ഉണരുമ്പം നമുക്ക് ധൈര്യം ആയി ആ വ്യക്തിയെ ഞാനും നിങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല ആ വ്യക്തിയാണെങ്കിലോ ശരീരമുള്ളപ്പോഴുമുണ്ട് ശരീരം ഇല്ലാത്തപ്പോഴും ഉണ്ട് അതുകൊണ്ട് അമ്മയെ അമ്മ കരയേണ്ട അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അമ്മ കരച്ചാൽ അപ്പം നിർത്തി ഇനി എന്തിനു കരയണം പുത്രനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കരഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ നിർത്തി പറയാം ഇതും കഴിഞ്ഞ് ഹിരണ്യകശി പോവും തപസ്സിനായിട്ട് പോവുകയാണ് അമ്മയെ ഇനി അമ്മ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ ഞാനിതാ തപസ്സിനായിട്ട് പോണൂ എന്ന് പറഞ്ഞ് ത്രികൂടം എന്ന് പറയുന്ന മന്ത്രം എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് പോണൂ എന്തിനാ തപസ് ചെയ്യുന്നത് ഏതൊരു ഹരിയാണോ എന്റെ സഹോദരനെ കൊന്നത് ആ ഹരിയെ കൊല്ലാനുള്ള ശക്തി ആർജിക്കാൻ അങ്ങനെ കഠിനമായ തപസ്സ് ചെയ്ത് തൻ്റെ ശരീരത്തെയൊക്കെ ശുഷ്കിപ്പിച്ച് വേദനിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി അങ്ങനെ തപസ്സിന്റെ ശക്തിയിൽ ലോകങ്ങൾ മുഴുവൻ കിടുകിടാ വിറച്ചു എന്നാണ് ദേവേന്ദ്രന് പോലും പേടി വന്നു ദേവന്മാര് ദേവേന്ദ്രനോടൊക്കെ പറഞ്ഞു വേഗം ദേ പരിഹാരം ദേവേന്ദ്രനും കൂട്ടരും ബ്രഹ്മാവിന്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു പരിഹാരം ഉണ്ടാക്കണമെന്ന് ബ്രഹ്മാവ് വേഗം പുറപ്പെട്ടു ഹിരണ്യകശുവിന്റെ പറഞ്ഞു ഒത്തിഷ്ഠ ഉത്തിഷ്ഠ മതി മതി മതി നിന്റെ തപസ് ഞാൻ വളരെ പ്രീതനായിരിക്കണോ ഇത്ര ദിവസം തപസ് ചെയ്ത് ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് പറയൂ എന്താ വരം വേണ്ടത് ദേവന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കണ്ടാ ഉടനെ ചോദിക്കും എന്താ വരം വേണ്ടതെന്ന് ഉടനെ ഈ ഹിരണ്യകശിപ്പ് നല്ല മാനേജ്മെന്റ് പഠിച്ച ആളാണ് ഞാനറിയാം ഒറ്റയടിക്ക് വരം ചോദിച്ചാൽ ചെറിയ വരയേ തരുള്ളൂ എന്ന് അതുകൊണ്ട് ആദ്യമൊന്ന് ബ്രഹ്മാവിനെ ഇങ്ങോട്ട് സ്തുതിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അവിടുന്ന് ഇത്രയും നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് എന്റെ പ്രാർത്ഥന കേട്ട് വന്നുവല്ലോ കരുണാമയനാണ് ദീരവത്സലാണ് അനുകമ്പയുള്ളവനാണ് കാരുണ്യവാനാണ് തുടങ്ങി അങ്ങോട്ട് പുകഴ്ത്തി പുകഴ്ത്തി പറയാൻ തുടങ്ങി ബ്രഹ്മാവ് അതിൽ പൊങ്ങുകയും ചെയ്തു പറഞ്ഞു എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ നേരത്തെ ഒരു വരം ചോദിച്ചോളൂ എന്നാ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു എനിക്ക് ചെറിയ വരം മതി എന്ന് ഇത് കേട്ടാൽ അപ്പം ബ്രഹ്മാവിന് വരും കാരണം പണ്ട് പരമശിവൻ ഒരു വരം കൊടുത്തിട്ട് കുടുങ്ങിയിട്ടുണ്ട് ഏതായാലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് വൻ ചോദിക്കുകയാണ് എന്റെ എനിക്ക് വേണ്ട വരം എന്താ എന്നെ മനുഷ്യനും കൊല്ലരുത് മൃഗവും കൊല്ലരുത് ശരി തഥാസ് ഏ ആയിട്ടില്ല ഇനിയുണ്ട് പകല് കൊല്ലരുത് രാത്രി കൊല്ലരുത് ശരി ആയിട്ടില്ല ഇനിയുണ്ട് ഭൂമിയിൽ വെച്ച് കൊല്ലരുത് ആകാശത്തിൽ വെച്ച് കൊല്ലരുത് വെള്ളത്തിൽ വെച്ച് കൊല്ലരുത് ശരി ഇനിയുണ്ട് അകത്ത് വെച്ച് കൊല്ലരുത് പുറത്തു വെച്ച് കൊല്ലരുത് ശരി ഇനിയുണ്ട് രാത്രി കൊല്ലരുത് പകൽ കൊല്ലരുത് ബ്രഹ്മാവ് പറഞ്ഞു നീ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു കുറേയുണ്ട് ഒന്നും രണ്ടുമല്ലേ മനുഷ്യൻ കൊല്ലരുത് മൃഗം കൊല്ലരുത് ആയുധം കൊണ്ട് കൊല്ലരുത് അകത്ത് വെച്ച് കൊല്ലരുത് പുറത്തു വെച്ച് കൊല്ലരുത് പിന്നെ എന്താണ് രാത്രി കൊല്ലരുത് പകൽ കൊല്ലരുത് ഇങ്ങനെയൊക്കെ ഒരുപാട് വരങ്ങളങ്ങോട്ട് ചോദിച്ചപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ തല കറക്കി നോക്കി ഇനി വനെ ഈ ഭൂമിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ ആരുമില്ല പിന്നെ ഈശ്വരനോട് പറഞ്ഞു ഭഗവാനെ ഇനിയിപ്പോൾ അവിടുന്ന് തന്നെ നിശ്ചയിക്കണം എന്റെ കാര്യം എന്താന്നുള്ളത് അല്ലെങ്കിൽ ഇവൻ എനിക്കൊരു പണി തരും എന്നും പറഞ്ഞ് ഭഗവാ ബ്രഹ്മാവിന് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പറ്റില്ല തഥാസ്തു എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഉടനടി അവിടുന്ന് സ്ഥലം വിട്ടു ഇവൻ ആ ധിഖാരത്തിലാണ് തിരിച്ചു ലോകം മുഴുവൻ കീഴടക്കിയ ധിക്കാരവുമായിട്ട് അവൻ കൊട്ടാരത്തിൽ വന്ന് അവിടെ വച്ച് എല്ലാ ലോകങ്ങളെയും തന്റെ നിയന്ത്രണത്തിലാക്കി ഇന്ദ്രനെയൊക്കെ അവിടുന്ന് ഓടിപ്പിച്ചു അവിടുന്ന് നെയ്യാരായ ഇന്ദ്ര ഞാനാണ് ലോകത്തിന്റെ ദൈവം അങ്ങനെ ലോകം മുഴുവൻ ഒരു നാമം എല്ലാവരുടെയും നാവിൽ ഉറപ്പിച്ചു ഇനി ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഈശ്വരനെയുള്ളൂ ഹിരണ്യായനമ അമ്പലങ്ങളിലൊക്കെ ഇനി അങ്ങനെ വെച്ചോളെന്നാണ് അപ്പൊ അന്ന് മിഷീൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഇലക്ട്രോണിക് മിഷീൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോ അമ്പലങ്ങളിലൊക്കെ ചെന്നാൽ ഓം നമോ നാരായണായ ഇതൊക്കെ അന്നായിരുന്നെങ്കിൽ ഓം ഹിരണ്യായ നമ ഓം എന്ന് പറയുമോ എന്നറിയില്ല അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ആളുകളെ കൊണ്ട് ജപിപ്പിച്ച് ഈ ലോകം മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലാക്കി ലോകത്തിന്റെ ചക്രവർത്തിയും ഈശ്വരനും ഒരേ പ്രഭുവും താനാണെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചു അങ്ങനെ അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ അധാഷ്ട്യത്തിൻ്റെ ജീവിതം നടക്കുമ്പോഴാണ് ഭാര്യ നാലാമത്തെ പ്രസവം പ്രസവിച്ചത് ഹ്ലാദനെന്നും അനുഹ്ലാദനെന്നും സുഹ്ലാദനെന്നും കഴിഞ്ഞ് പുത്രന്മാരെ കഴിഞ്ഞ് പ്രഹ്ലാദനെന്ന് പറയുന്ന പുത്രൻ പ്രകടമാവുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാലാമൊത്ത പുത്രൻ ജനിച്ചു എന്നാൽ എപ്പോഴും സന്തോഷം ആനന്ദം സന്തോഷം കൊണ്ട് കുട്ടി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി ഹിരണ്യകശിവ് കരുതി കുട്ടിക്ക് എന്തോ മാനസിക കുഴപ്പമുണ്ടെന്ന് ഡോക്ടർമാരെയൊക്കെ വരുത്തി വൈദ്യന്മാരെയൊക്കെ വരുത്തി അങ്ങനെ അത് ചികിത്സിച്ച് ഭേദാക്കണമെന്ന് നോക്കുമ്പോൾ കുട്ടി എപ്പോഴും സന്തോഷത്തിൽ എപ്പോഴും ആനന്ദത്തിൽ തരം കിട്ടിയാലൊക്കെ ഒറ്റയ്ക്കിരുന്ന് നൃത്തം ചെയ്യുക പാട്ടുപാടുക ആനന്ദിക്കുക ഇതും കൂടി കണ്ടപ്പോൾ ഹിരണ്യകശുവിന് തോന്നി എവിടേക്കോ ബാലൻസ് ഇവനത്തെത്തിയിട്ടുണ്ടെന്ന് ആര് വന്നാലും വീട്ടിൽ വന്നാലും പാദങ്ങളിൽ നമസ്കരിക്കുക ആദരവ് കാണിക്കുക ഒരു ഏതോ ലോകത്തിലെന്നവണ്ണം ഇങ്ങനെ കുട്ടിയുടെ വളർച്ച കണ്ടപ്പോ കുട്ടി വലുതായ സമയത്ത് ഹിരണ്യകശുവിന് തോന്നി ഇവൻ ഒരു നമ്മുടെ വംശത്തിന്റെ നാശത്തിന് വന്നവനായിരിക്കാം അതുകൊണ്ട് ഇവന്റെ മനസ്സിനെ ശരിയാക്കി എടുക്കേണ്ടതുണ്ടെന്ന് കരുതി അവന് വേണ്ടി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങി അങ്ങനെ ആദ്യത്തെ റെസിഡൻഷ്യൽ സ്കൂൾ നമ്മുടെ ഹിരണ്യകശിവ് ആരംഭിച്ചു രണ്ട് ഗുരുക്കന്മാരെയും വെച്ചു ചണ്ടാമർക്കന്മാർ അങ്ങനെ രണ്ടുപേരൊക്കെ നിശ്ചയിച്ച് അവർ തുടങ്ങിയെന്ന് വരിക അപ്പൊ ഇന്നത്തെ റെസിഡൻഷ്യൽ സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇന്റർനാഷണൽ എന്താണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയാലാണ് ഹിരണ്യകശിവ് ഇതൊക്കെ നമ്മുടെ ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും സിലബസ് പോലും ഹിരണ്യകശിവ് ഉണ്ടാക്കിയെന്നാണ് ഇന്നിപ്പോൾ അങ്ങനെയാർക്കും പറ്റില്ല അങ്ങനെ എന്താ സിലബസ് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതി എന്നാണ് ഒന്ന് ജീവിക്കാനൊരു തൊഴിൽ അറിയണം അത് അസുരന്മാരായതുകൊണ്ട് കക്ക് കവര് ഇങ്ങനെയൊക്കെയുള്ള തൊഴിലാണ് രണ്ട് ജീവിതത്തിന് ലക്ഷ്യമുണ്ട് അതെന്താണ് അടിച്ചു പൊളിച്ച് ജീവിക്കുക കള് കുടിച്ചാലും ശരി കള്ള് കുടിക്കാത്ത ദിവസം വീട്ടിലുണ്ടാവരുത് അങ്ങനെയൊക്കെ ജീവിക്കുക മൂന്നാമത്തത് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങ് നല്ല വിദ്യാഭ്യാസമല്ലേ ഇതാണല്ലോ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണല്ലോ ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നത് നോക്കൂ നിങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസം ഒരച്ഛൻ മകനോട് പറയാണ് എൻട്രൻസ് സമയത്ത് പറയുകയാണ് എൻട്രൻസ് ഒക്കെ നീ നന്നായി എഴുതിക്കോളൂ നീ പറ്റുകയാണെങ്കിൽ ഒരു ബി ഡി എസ് കാരനായാൽ മതി ബി ഡി എസ് എന്ന് പറഞ്ഞാൽ ബി ഡി വലിക്കുന്നവരല്ല ഡോക്ടർ ഡെന്റൽ ഡോക്ടറായാൽ മതി എന്ന് ഉടനെ അച്ഛൻ മകൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ബി ഡി എസ് ഒന്നും ആവണ്ടെ എനിക്കത് ഇഷ്ടം തന്നെ അല്ല ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് കണ്ണിന്റെ ഡോക്ടറായാൽ മതി എനിക്ക് കണ്ണിനോട് വളരെ ഇഷ്ടമാണ് ഉടനെ അച്ഛൻ പറയണ പൊട്ടാ നിനക്ക് വല്ലത് പറയോ കണ്ണിനെ വല്ലിനെക്കുറിച്ചും കണ്ണിനെ കുറിച്ചും ഒക്കെ അച്ഛൻ നല്ല അപ്പൊ അച്ഛന്റെ മനസ്സെപ്പോഴും ബിസിനസ് പരമായിട്ടേ ചിന്തിക്കുള്ളൂ പറഞ്ഞു അച്ഛ എനിക്ക് അതൊന്നും അറിയില്ലെങ്കിൽ പക്ഷേ എനിക്ക് ബി ഡി എസ് വേണ്ട എനിക്ക് എം ബി ബി എസ് തന്നെ മതി പോരാട നീ ബി ഡി എസ് എടുക്കണമെന്ന് എന്താച്ചാ ബി ഡി എസിന് എത്ര പ്രത്യേകത ഇട പൊട്ട മനുഷ്യന്മാർക്ക് എത്ര പല്ലുണ്ട് എന്ന് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് കണ്ണെത്തെണ്ണമുണ്ട് രണ്ടെണ്ണം അപ്പൊ ഏത് പറച്ചാലും കാശല്ലേതാണ് ഇങ്ങനെയുള്ള ആൾ ഡോക്ടറായാൽ പിന്നെ പറയേണ്ടി വരില്ല ഇതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ചിലരൊക്കെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ കിഡ്നി ഉണ്ടാവില്ല അത് ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടോ ഉണ്ടാവും പിന്നെ ഇങ്ങനെയൊക്കെ എത്ര എത്ര കാണണം നമ്മൾ അപ്പൊ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് വരുന്നു ആ വരുന്നതിന് കാരണം ജീവിതത്തിൽ പണം എന്നതൊന്ന് മുഖ്യമായി തീരണം സേവനം എന്നുള്ളത് രണ്ടാമതും പണം എന്നുള്ളത് മുഖ്യവും കാരണം എന്റെ ജീവിതം സുഖമാക്കണമെങ്കിൽ എനിക്ക് പണം വേണം അതിനെങ്ങനെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഈ കേരളത്തിലൊക്കെ ഞാൻ പറയുമ്പോഴുണ്ടല്ലോ നിങ്ങളതിന്റെ പരമാർത്ഥം പലപ്പോഴും പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നുണ്ടാവും ഒരു മാസം മുമ്പ് ഒറ്റപ്പാലത്ത് ഒരു ഹോസ്പിറ്റലില് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി ചെന്ന സ്ത്രീ അവർക്ക് വളരെ കോംപ്ലിക്കേഷൻ വന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് പതിനായിരം രൂപ തന്നാലേ ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളൂ പാവം ഇവിടെ പ്രസവ വേദന കൊണ്ട് പൊരിയാണ് അവർ വേദന കൊണ്ട് ആകെ വേദനിച്ച് ആകെ വിഷമിക്കുകയാണ് എന്നിട്ട് നോക്കും അപ്പം മനുഷ്യത്വന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നത് അപ്പം മനുഷ്യനേക്കാളും വലുത് പണമായി തീരുന്നത് നമ്മളിപ്പോഴും കാണുന്നില്ലേ ഇത് ലോകത്തിൽ ഇപ്പോഴും ഇല്ലേ നമ്മൾ ഈ പറയുമ്പോഴൊക്കെ തമാശ പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതും മനസ്സിലാക്കൂ ഏതായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ചന്താമർക്കന്മാരെ കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി പഠിപ്പിക്കുന്ന എന്താണ് ഒരേ ഈശ്വരനെ ലോകത്തിലുള്ളൂ അത് നിൻ്റെ അച്ഛൻ ഹിരണ്യകശിപൂവാണ് പിന്നെ ഒരു പ്രഭുവേ ഉള്ളൂ അത് നിൻ്റെ ഈശ്വരനാണ് അതുകൊണ്ട് നാമം ചൊല്ലുമ്പോഴൊക്കെ ഹിരണ്യായന്മാ ഹിരണ്യായന്മാ ഇങ്ങനെയൊക്കെ ചൊല്ലണമെന്ന് അങ്ങനെ ഹിരണ്യ വളർത്തി ഉയർത്തി പുകഴ്ത്തി അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രഹ്ലാദനാണെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും അതെല്ലാം ഒരു ചെവി കൂടെ കെട്ട് മറ്റേ ചെവി കൂടെ കളയും നമ്മൾ ഭാഗവതം കേൾക്കുന്ന പോലെ പ്രഹ്ലാദൻ ഗുരുക്കന്മാര് പറയുന്നത് കേട്ടുവെന്നാണ് അടിയൊന്നും ചെവിയുടെ ഉള്ളിൽ വെച്ചില്ല അങ്ങനെ കേട്ടുവെന്നാണ് എന്നിട്ടോ മനസ്സിൽ എപ്പോഴും നാരായണ നാരായണ നാരായണ ഭഗവത് സ്മരണത്തിൽ ഭഗവത് പ്രേമത്തിൽ ഉറപ്പിച്ചു വേണ്ടാത്തതൊന്നും അങ്ങോട്ട് കയറിയില്ല അങ്ങനെ കാലം മുന്നോട്ടു പോയി ഒരു ദിവസം ഗുരുക്കന്മാര് കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ ഒരുപാട് പ്രതീക്ഷയിലാണ് എൻ്റെ കുട്ടിയുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും അവനൊപ്പം പറയും ഹിരണ്യകശിവായ അച്ഛനാണ് ലോകത്തിൻ്റെ പ്രഭു ലോകത്തിൻ്റെ ഗുരു ലോകത്തിൻ്റെ ഈശ്വരൻ അച്ഛനില്ലെങ്കിൽ ലോകമില്ലേ ആ അച്ഛനെ പേടിച്ചിട്ടാണ് ലോകമിരിക്കുന്നത് അച്ഛൻ്റെ ശ്വാസത്തിലാണ് ലോകം പ്രവർത്തിക്കുന്നത് അച്ഛനാണ് ലോകത്തിൻ്റെ സർവസ്വം ബീജം മാതി പുകഴ്ത്തി പറയും എന്നൊക്കെ വിചാരിച്ച ആ അച്ഛൻ കുട്ടിയോട് ചോദിക്കുകയാണ് കുട്ടി നീ പഠിച്ചതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് അല്ലെങ്കിൽ നിന്റെ ഗുരുക്കന്മാരെ പഠിപ്പിച്ചതിൻ്റെ എനിക്ക് പ്രിയപ്പെട്ട ഭാഗം ഏതാണെന്ന് അപ്പൊ അച്ഛൻ അറിയാൻ തന്നെക്കുറിച്ച് ആ കുട്ടി പറയാമെന്ന് ആ കുട്ടി പറയുകയാണ് അച്ഛ ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗുരുക്കന്മാര് പറഞ്ഞു തന്നത് അച്ഛൻ ഈ വീടുപേക്ഷിച്ച് കാട്ടുപോയിട്ട് നാരായണ നാരായണ ജീവിച്ചിരുന്നാൽ അച്ഛന് നന്മ കേട്ടിട്ടുണ്ട് എന്ന് ഏതൊരാളെ കുറിച്ച് കേട്ടാലാണോ അയാൾക്ക് അപ്പൊ അലർജി തോന്നുക ശരീരത്തിൽ ആ നാരായണനെ കുറിച്ച് ജപിക്കാൻ കുട്ടിയെ മടിയിൽ നിന്നെടുത്ത് ഒറ്റയേറെ എറിത്തിട്ട് പറഞ്ഞു ചീ ദുഷ്ടന്റെ നിനക്ക് ഈ വിഷ്ണുവിനെ കിട്ടിയത് ആരാടാ നിനക്കത് പറഞ്ഞത് എങ്ങനെയാണോ നിന്റെ തലയിലേക്ക് ഇത് കയറിയത് ഇതാണോ നിന്നെ പഠിക്കാൻ ഞാൻ അവിടെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞ് അലറിക്കൊണ്ട് ഗുരുക്കന്മാരുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ കുട്ടി ഇനിയെങ്ങാനും ഇങ്ങനത്തെ വൃത്തികേട് ഉള്ളതിലും പറഞ്ഞത് നിങ്ങളുടെ കഴുത്തിനുമുള്ള തല ഉണ്ടാവില്ല അവര് തപ്പി നോക്കിപ്പോണ്ടോന്ന് അപ്പുണ്ട് കുഴപ്പമില്ല ഇനി എന്റെ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് കർശകമായ ശിക്ഷ ഞാൻ തരുന്നു ആരാ നിങ്ങളോട് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞത് അവര് മുട്ട് പറിച്ചിട്ട് പറഞ്ഞു രാജ്യം ഞങ്ങളല്ല ഞങ്ങളിങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തില്ല അങ്ങ് മാത്രമേ ഉള്ളൂ ദൈവം അങ്ങ് മാത്രമേ ഉള്ളൂ ഈശ്വരൻ അങ്ങാണ് പ്രഭു അങ്ങാണ് ഗുരു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തായവൻ ഇങ്ങനെ തോന്നിയാസം പറയുന്നത് ഉടനെ പറഞ്ഞു ഞങ്ങളറിയില്ല ഇനി ഞങ്ങൾക്ക് തോന്നുന്നു ഇടയ്ക്ക് ആ വഴിക്കുന്ന ഭാരതമാഷി വരുന്നുണ്ടോ എന്ന് അയാളതിൽ ഇടപെടുണ്ടോ എന്നൊരു സംശയം ഞങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഞങ്ങൾ നോക്കിക്കോളാം ഗേറ്റിന്റെ അവിടേക്ക് വാച്ച്മാനൊക്കെ വെച്ച് മധുര ചാടിയൊക്കെ അയാൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ വരുന്നുണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്കാനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ചെറിയൊരു ചെറിയൊരു ക്ഷമ തരണം ആപ്പ് തരണം എന്നൊക്കെ പറഞ്ഞപ്പോ വീണ്ടും ഗുരുക്കന്മാരെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കാലം മുന്നോട്ട് പോകണോ അങ്ങനെ വീണ്ടും കുട്ടിയെ കൊണ്ട് തല്ലിയും അങ്ങനെയൊക്കെ പറയിപ്പിച്ചു പറയണ ഹിരണ്യകശിവു നിന്റെ അച്ഛൻ ഈശ്വരനാണ് കുട്ടി പറയും ഹിരണ്യകശിവീശ്വരൻ ഹരേ രാമ രാമരാമരാമ രാമരാമരാമരാമരാം മനസ്സുകൊണ്ട് ഭഗവാനെ മാത്രം ഈശ്വരനായി കണ്ട് മറ്റത് ചുണ്ടിൽ മാത്രം വെച്ചു മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിയില്ല അങ്ങനെ കുട്ടി പഠിച്ചു നമ്മുടെ ഇന്നത്തെ പിള്ളേരെ പോലെ തന്നെ കുട്ടികളുണ്ടല്ലോ ക്ലാസ് അധികം പറഞ്ഞ ടീച്ചർമാരൊന്നും പറഞ്ഞാൽ അതിയൊന്നും മനസ്സിൽ വയ്ക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷിക്കുന്ന ഒരു ടെൻഷനും ഇല്ലാത്തത് കാരണം അവര് വേണ്ടാത്തൊന്നും പഠിച്ചു വയ്ക്കില്ല അതുകൊണ്ട് അവർക്ക് ഉത്തരം എഴുതാൻ ഒരു പ്രയാസവും ഇല്ല പടുത്ത കാലത്ത് എസ് എസ് എൽ അലക്സാണ്ടർ ചക്രവർത്തി ഏത് യുദ്ധത്തിലാണ് മരിച്ചതെന്ന് കുട്ടികൾക്കൊന്നും അധികം ചിന്തിക്കേണ്ടി കുട്ടികൾ എഴുതി വെച്ചയാളുടെ അവസാന യുദ്ധത്തിൽ നിന്ന് എന്തായാലും ചത്തത് അവസാനത്തെ യുദ്ധത്തിലാണ് എന്തിനത്ര ബുദ്ധിമുട്ടി ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്തുവയ്ക്കുന്നത് എന്തായാലും അയാൾ ചത്തു ലാസ്റ്റ് യുദ്ധത്തിലേ മരിക്കാൻ വഴിയുള്ളൂ അതുകൊണ്ട് എന്തായാലും ഒരു മാർക്ക് കിട്ടും കൊടുക്കുന്ന അധ്യാപകൻ ഒരു മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ അവസാന യുദ്ധത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുട്ടികളൊന്നും അത്ര ടെൻഷനുള്ളവരെല്ലാം പറയാണ് അപ്പൊ അങ്ങനെ ഈ പ്രഹ്ലാദനും യാതൊരു ടെൻഷനില്ല എന്ത് പറയുമ്പോഴും നാവ് കൊണ്ട് പറയും പക്ഷെ മനസ്സിലേക്ക് അത് കടത്തിയില്ല അങ്ങനെ വീണ്ടും കുരുക്കന്മാര് പ്രഹ്ലാദിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് അച്ഛനങ്ങനെ സ്വർണസിംഹാസനത്തിലിരുന്ന് ഒരു ഈശ്വരനെ പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കിയൊരു ചക്രവർത്തിയുടെ അഹങ്കാരത്തിലും ദാഷ്ട്യത്തിലും ഇരിക്കുമ്പോൾ പ്രഹ്ലാദനെ കൊണ്ടുവരുമ്പോ പ്രഹ്ലാദൻ വിനീതനായി അച്ഛനെ നമസ്കരിച്ചപ്പോ അച്ഛന്റെ ഉള്ളിലുള്ള പിതൃഭാവം ഉണന്നു വന്ന് ആ കുട്ടി ആലിംഗനം ചെയ്ത് മടിയിലിരുത്തിക്കൊണ്ട് കുട്ടിയോട് ചോദിക്കുകയാണ് ഇപ്പോ എന്റെ കുട്ടം പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗ ഏതാണെന്ന് ഒരു നിമിഷം കുട്ടിയുടെ കണ്ണുകളൊക്കെ അടഞ്ഞ് ഭഗവത് സ്മരണയിൽ അപ്രേമത്തിൽ അങ്ങോട്ട് നിറഞ്ഞു നിന്ന് അച്ഛനോട് പറയുകയാണ് ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർജനം വന്ദനം ദാസ്യം സഖ്യമാൽപ്പനിവേദനം ഇതിപും സാർപ്പിതാഭക്തി നവച്ച് വിഷ്ണോ ഭക്തിശ്ചേനവലക്ഷണം കിയതേ ഭഗവത്യഥ തന്മന്യേ അതീതമുത്തമം ഭഗവാനെ ഉള്ള ഈ പ്രേമം ഏത് പ്രേമം ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം ശ്രവണവും കീർത്തനവും സ്മരണവും പാദസേവനവും അത് അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി നവഭക്തി എന്ന് പറയും ഒൻപത് പടികളുള്ള ഈ ഭക്തിയാണ് അച്ഛത് മനസ്സിനെയും അവസാനം വിഷ്ണുപാതത്തിലേക്ക് ഭഗവത് സത്യത്തിലേക്ക് ഭഗവത് പ്രേമത്തിലേക്ക് ആനന്ദ ഉത്സവത്തിലേക്ക് ഉണർവിലേക്ക് ഉത്സാഹത്തിലേക്ക് ഉണർത്തുന്നത് അതുകൊണ്ട് അച്ഛ പടിപടിയായിട്ട് അച്ഛൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഉണരു ഉയരൂ അച്ഛനെയും ആനന്ദത്തിലേക്ക് ഉയർത്താം പറഞ്ഞതും കുട്ടിയെടുത്ത് ഒരൊറ്റയേറാണ് അവിടെ വെച്ചിട്ട് എന്നെ കട്ടാസിച്ചു കൊണ്ടോടും ചീ നിർത്തട ആരാണ് നിനക്ക് വിഷ്ണുവിനെ കുറിച്ച് ആരാ നിനക്കിതൊക്കെ ഓർമ്മിപ്പിച്ചു തന്നത് വിഷ്ണു നിന്റെ എന്റെ നീ എന്നെ പഠിപ്പിച്ച് വേദനിപ്പിക്കുന്നത് ഗുരുക്കന്മാരോട് അലറി ആരാണ് ഇവനിങ്ങനെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ഇവൻ എന്റെ ജന്മശത്രുവാണ് ഇവൻ വന്നിരിക്കുന്നത് എന്റെ അന്തകനായിട്ടാണ് കുലത്തിന്റെ നാശത്തിനായിട്ടാണ് ഇവനെ ഞാൻ ഇനി വെച്ചിരിക്കില്ല നിങ്ങൾക്ക് ഞാൻ ഇത്രയും സമയം തന്നു ഇവന്റെ മനസ്സിനെ ശരിയാക്കാൻ ഇനി നിങ്ങൾ നേരെയാക്കണ്ട ഞാൻ തന്നെ അങ്ങോട്ട് നേരെയാക്കാമെന്ന് പറഞ്ഞ് കിങ്കരന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എനിക്ക് കാണേണ്ടത് ഇവന്റെ ശവമാണ് ഇനി നിങ്ങളിവിനെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളൂ കൊണ്ടു എന്നെ മുന്നിൽ വെച്ചു പോകരുത് ആ പിതാവ് അന്തകനായി കുട്ടിയുടെ മുന്നിൽ നിന്നപ്പോ ഭാഗവതം പറയണോ തന്നെ കൊല്ലാനുള്ള ശാസനം കിങ്കരന്മാർക്ക് കൊടുക്കുമ്പോഴും അല്പം പോലും ക്ഷോഭമില്ലാത്തൊരു മനസ്സോടുകൂടി ശാന്ത ചിത്തനായിട്ട് പ്രഹ്ലാദൻ അവിടെ നിന്നുവെന്നാണ് അപ്പോഴേക്കും കിങ്കരന്മാരെ പിടിച്ചു വലിച്ചു കുട്ടിയെ അഞ്ചു വയസ്സുള്ള കുട്ടിയെ എത്ര ബലം പ്രയോഗിക്കണം അവർ വലിച്ചു കൊല്ലുവാനായിട്ട് പക്ഷെ പ്രഹ്ലാദന് യാതൊരു പേടി ഉണ്ടായില്ല പേടിച്ചതേയില്ല ആദ്യം തന്നെ അവർ ചെയ്തു കുട്ടിക്ക് ഘോരമായ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി ആ വിഷം കാണുമ്പോഴും കുട്ടി പായസം കഴിക്കുന്ന പ്രതീതി കഴിച്ചു ഒരു വിഷമവും ഉണ്ടായില്ല ആ വിഷം അങ്ങനെ തന്നെ വയർന്ന് ദഹിച്ചു പോയി ശരീരത്തിലേറ്റതേ എന്ന് പറയുന്നത് ഒന്നുകൂടി ശരീരത്തെ തേജസ്സാക്കി തീർത്തു അവർക്ക് പേടിയേ ഈ കുട്ടി സാധാരണ കുട്ടിയല്ല എന്ന് മനസ്സിലായി എന്തോ ഒരു ശക്തി കുട്ടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലായി എന്നാലും രാജാവിൻ്റെ ശാസനാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അടുത്തത് അവർ ചെയ്തത് കുറേ വിറകുകൾ കൂട്ടി അതിൻ്റെ മുകളിൽ കൊണ്ടിരുത്തി എന്നിട്ട് അങ്ങോട്ട് തീ കൊടുത്തു കത്തിക്കാളുന്ന വിറകിൻ്റെ ഉള്ളിൽ കുട്ടി നിൽക്കുമ്പോഴും കുട്ടിയുടെ കണ്ണുകളടന്ന് ഭഗവത് പ്രേമത്തിൽ നിന്നുവെന്നാണ് ആ ഒരു സമയം തീ താനെ തന്നെ കെട്ടുപോയിട്ട് കുട്ടി അതാവടിയിരിക്കുന്നു കിങ്കരന്മാർക്ക് തോന്നി ഇതിലെന്തോ അത്ഭുതമുണ്ട് എന്തോ ശക്തിയുണ്ടെന്ന് തങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമാണ് കാര്യം എന്ന് ഏതായാലും വിടാൻ പറ്റില്ല രാജാവിന്റെ ശാസനമാണ് ഒരു വലിയ മലയുടെ മുകളിൽ കയറി താഴെ നിൽക്കുന്ന പാറക്കെട്ടുകളിലേക്ക് കുട്ടിയെ വലിച്ചിട്ടു അങ്ങനെ തല മരിക്കട്ടെ എന്ന് വിചാരിച്ചു ആ എറിഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ നോക്കുമ്പോണ്ട് കുട്ടിയൊരു പാറയുടെ മുകളിൽ നിൽക്കുന്നു ശാന്തനായിട്ടിരിക്കുന്നു ഒരു പോറല് പോലും കുട്ടിയുടെ ശരീരത്തിനെ പറ്റിയില്ല അവർക്ക് തീർച്ചയായിട്ടും ബോധ്യം ഈ കുട്ടിയുടെ പിന്നിൽ ഏതോ ഒരു അനുഗ്രഹത്തിന്റെ കരങ്ങൾ വർഷിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിച്ച കുട്ടിയെ കൊല്ലാൻ സാധ്യമല്ല എന്ന് പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാൻ തുടങ്ങി എന്നാലും രാജാവിന്റെ ശാസനല്ലേ ചെയ്തല്ലേ പറ്റുള്ളൂ കടലിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞു നോക്കി എപ്രകാരമാണോ മൂന്നും നാലും ദിവസം കടൽ തരമാളകളുടെ ഉള്ളിൽ കിടന്ന ജീവനോടുകൂടി ആളുകൾ തിരിച്ചു ആ കടൽ കടലമ്മ കുട്ടിയെ യാതൊരു പോറലും ഏർക്കാതെ കൊണ്ടുവച്ച് കടൽ തീരത്ത് വീണ്ടും അവര് പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാൻ നോക്കി പണങ്ങൾ ഉയർത്തിയ പാമ്പ് കൊത്താൻ കൂട്ടാക്കിയില്ല ശക്തന്മാരായ മല്ലന്മാരായ ആനകളെ കൊണ്ടുവന്ന് ചവിട്ടിക്കൊല്ലാൻ നോക്കി അപ്പോഴും കുട്ടിക്ക് യാതൊന്നും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അവർക്ക് മനസ്സിലായി ഇനീ ഈ കുട്ടിയെ ഒന്നും ചെയ്യാൻ സാധ്യല്ല പിടിച്ചു വലിച്ച് നേരെ കൊണ്ടുപോയി രാജാവിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു രാജൻ ഞങ്ങൾ പരാജയപ്പെട്ടു ഈ കുട്ടിയുടെ പിന്നിൽ ഏതോ ഒരു അത്ഭുത ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമാണ് രാജൻ ഇത് കേട്ടതും രാജാവിന് ബോധ്യം വന്നു ഇവൻ എന്റെ അന്തകൻ തന്നെ ഇവനിലൂടെ എന്റെ അന്ത്യം വരാൻ പോകുന്നു സ്വന്തം മരണത്തെ മുഖാമുഖം കാണുന്ന ഹിരണ്യകശിപ്പ് അവിടെ വെച്ച് അലറിക്കൊണ്ട് പറഞ്ഞു എടാ ഇനി നീ ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന് കുട്ടിയെ കൊലാനുള്ള ആവേശത്തോടുകൂടിയിട്ട് അങ്ങോട്ടുയർന്നപ്പോ ഗുരുക്കന്മാര് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരവസരം കൂടി ഞങ്ങൾക്ക് തരിക ഞങ്ങളൊന്നുകൂടി പരീക്ഷിച്ചു നോക്കട്ടെ ഒരു പക്ഷേ കുട്ടി നേരെയായാലോ എന്ന് പറഞ്ഞ് കുട്ടിയെ പിടിച്ചു വീണ്ടും ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ തല്ലിയും അടിച്ചും കുത്തിയും ചോദിച്ചു എവിടുന്നടാ നിനക്ക് വിഷ്ണു വന്നത് ആരാ നിന്നെ പഠിപ്പിച്ചത് ഞങ്ങൾ പറഞ്ഞു നീ എന്റെ അച്ഛനോട് പറഞ്ഞത് ഞങ്ങളെ കൂടി കൊല്ലിക്കാനാണോ ഞങ്ങൾ അന്തകനാണോ നീ എന്നൊക്കെ പറഞ്ഞപ്പോ പുഞ്ചരിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞു നിങ്ങളെത്ര തല്ലിയാലും കൊന്നാലും എന്റെ ഉള്ളിൽ നിന്ന് അതേ വരുള്ളൂ കാരണം അത് ഞാൻ വിചാരിച്ചിട്ടല്ല വരുന്നത് അതിങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു നദിയുടെ പ്രവാഹം ഒഴുകി വരുന്നത് സ്വയമേവ വരികയാണ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതിങ്ങനെ താനെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഗുരുക്കന്മാരെ എന്ന് പറഞ്ഞപ്പോ അവരൊന്നുകൂടി കുട്ടിയെ കർശനമായിട്ട് പഠിപ്പിക്കാൻ നിശ്ചയിച്ചു ഹിരണ്യകശിപുവിന്റെ പേരും മറ്റും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ദിവസം ഗുരുക്കന്മാർക്ക് പുറത്തു പോകേണ്ടി വന്ന ഒരു സമയത്ത് ആ സമയം നോക്കിയിട്ട് തൻ്റെ കൂടെയുള്ള അസുര കുട്ടികളെ വിളിച്ചിരുത്തി മുന്നിലിരുത്തിക്കൊണ്ട് പ്രഹ്ലാദൻ അവരെ ഉപദേശിക്കുന്ന മനോഹരമായൊരു അധ്യായമുണ്ട് ഏഴാമത്തെ സ്കന്ധത്തിൽ ആറാമത്തെ അധ്യായം അവിടെ കുട്ടികളോട് പറയാണ് എൻ്റെ കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അച്ഛൻ എന്നെ എന്നെ എത്രമാത്ര ം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എത്രമാത്രം ക്രൂരത എന്റെ നേരെ കാണിച്ചു എന്നെ അച്ഛനെ തകർക്കാൻ പറ്റിയില്ല എന്റെ മനസ്സിനെ അച്ഛനെ അസ്വസ്ഥമാക്കാൻ സാധിച്ചില്ല എന്റെ മനസ്സിനെ തളർത്താൻ സാധിച്ചില്ല അച്ഛൻ വെറുത്താൽ മരിക്കുന്ന ചിന്ത വരുന്ന മക്കളാണ് കൂടുതൽ പേരും അച്ഛൻ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള ഉത്സാഹം നഷ്ടപ്പെടുക ചെയ്യുക ഇവിടെ അച്ഛൻ വെറുത്തിട്ടും അച്ഛൻ നശിപ്പിക്കാൻ നോക്കിയിട്ടും മനസ്സിന്റെ ആത്മവിശ്വാസം തകർക്കാതെ ജീവിക്കാനുള്ള ഉത്സാഹം തകർക്കാതെ ജീവിക്കാൻ കൂടുതൽ ആവേശം കാണിച്ച പ്രഹ്ലാദൻ അവരോട് പറയാണ് എനിക്കിതെന്ന് സാധിച്ചതിന് കാരണം കൗമാരേ ആചരേത്ാജ്ഞർ ഭാഗവതാനുഹ ദുർലഭം മാനുഷം ജന്മ തദപ്യദ്വമത്തതം കുട്ടികളെ ഞാൻ ശിശുവായിരിക്കുമ്പോഴേ ഭാഗവതധർമ്മം മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഇത്രയൊക്കെ അച്ഛൻ ക്രൂരത കാണിച്ചിട്ടും എനിക്ക് ജീവിക്കാൻ ഉത്സാഹം തരുന്നത് ജീവിക്കാൻ ആവേശം തരുന്ന ഊർജം തരുന്ന ഉണർവ് തരുന്നത് അതുകൊണ്ട് കുട്ടികളെ ഈ ശരീരം എന്ന് പറയുന്നത് മരണമാകുന്ന കാലനാകുന്ന കാലത്തിന്റെ കാലസർപ്പത്തിന്റെ പിടിയിലാണ് മരണം എപ്പോ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോവാം അതുകൊണ്ട് എത്രയും നേരത്തെ നിങ്ങൾ എന്നെ പോലെ ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളെയും ആർക്കും പരീക്ഷിച്ച് തോൽപ്പിക്കാൻ സാധ്യല്ല എന്നൊരു പറഞ്ഞു ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ആ ഭഗവത് പ്രേമം ദൃഢമായതുകൊണ്ടാണ് എന്റെ അച്ഛനും അച്ഛൻ്റെ കിങ്കരന്മാർക്കും എന്നെ തൊടാൻ പറ്റാത്തത് ലോകം മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിയെ ഞാൻ പേടിച്ചില്ല ആ ചക്രവർത്തി പേടിക്കുന്നു എന്റെ അച്ഛൻ എന്നെ ഭയക്കുന്നു കുട്ടികളെ ഇത് കേട്ടപ്പോൾ അവർ ചോദിച്ചു എന്താ പറകളാതാ നീ പറഞ്ഞത് ഭാഗവത ധർമ്മം ഇതാരാണ് എനിക്ക് പറഞ്ഞത് പറഞ്ഞു എന്റെ ഗുരുനാഥൻ പറഞ്ഞതെന്നാണ് എന്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ കേട്ടതാണ് ആരാ നിന്റെ പ്രഹ്ലാദ ഗുരുനാഥൻ എന്റെ ഗുരുനാഥൻ നാരദമാഷിയാണ് നാരദമാഷി എവിടെയൊന്നും വന്നിട്ട് നമുക്കൊന്നും പറഞ്ഞു തന്നില്ലല്ലോ നിനക്കായിട്ട് എവിടെന്നാ പറഞ്ഞത് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സന് വേണ്ടി പോയപ്പോ എന്റെ അമ്മയെ കടന്നു പിടിച്ചു ഇന്ദ്രനും കൂട്ടനും കൊട്ടാരത്തിലുള്ള അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അമ്മയെ കടന്നു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് നാരദമാഷി കണ്ടപ്പോ പറഞ്ഞു ഹേ മുഞ്ച മുഞ്ച വിടു വിടൂ ഇന്ദ്ര വിഴു ഇവളെന്ന് ഇന്ദ്ര പറഞ്ഞു അയ്യോ നാരദമഹർഷി ഇവളുടെ ഗർഭത്തിലൊരു കുട്ടി വളരുന്നുണ്ട് ഇവളുടെ ഭർത്താവോ ലോകം നശിപ്പിക്കാൻ തപസ്സിന് വേണ്ടി പോയതാണ് ഇവന്റെ കുട്ടി എങ്ങനെയായിരിക്കും അതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടികളെ കൊല്ലാൻ എനിക്ക് പ്രത്യേകം സ്പെഷ്യലൈസേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൊല്ലാൻ വേണ്ടി പോവുകയാണെന്ന് ഇത് കേട്ടപ്പോൾ നാരദമഹർഷി പറയാണ് എന്റെ ഇന്ദ്ര നീന്ത വിഡിദ്ധം പറയുന്നത് ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ വലിയ ഭാഗവതോത്തമനാണ് ഭഗവാന് പരമപ്രിയനാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയനായ ഭക്തനാണ് നീ ആ കുട്ടിയെ തൊട്ടാൽ അന്ന് നിൻ്റെ അന്ത്യമാണ് ഇത് കേട്ടപ്പോൾ ഇന്ദ്രന് മുട്ടു വരയ്ക്കാൻ തുടങ്ങി തൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ ആർക്കാ മുട്ടു വേഗം കൈകൂപ്പിക്കൊണ്ട് കയാതുവിനെ പ്രതിക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോയപ്പോ അതാ നാരദമാഷി കയാതു എന്ന് പറയുന്ന ഹിരണ്യകശുവിന്റെ പത്നിയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ആശ്രമത്തിൽ പോകുന്നു അവിടെ ചെന്ന് ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുക്കൂ ഇങ്ങനെ ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോ കയാതു ഗർഭക്ലേശത്താലും പിന്നെ അവരുടെ പ്രായത്താലും മറ്റുമൊക്കെ അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങും ദേഹം പറയും ആത്മാനിത്യോ അവയോ ഉടനെ കയാതു പറയും വലിക്കാൻ തുടങ്ങും പക്ഷേ നാരദമാശി നിർത്തില്ല കാരണം ഉള്ളിലിരുന്നിട്ട് എന്ന് പറഞ്ഞ് മൂളുന്ന ഒരാളെ നാരദമാശി കണ്ടു അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നവർ നിർത്താതെ പറയുന്നത് മനസ്സിലായില്ലേ കുറങ്ങിയതും ഉള്ളിലിരുന്നിട്ട് പലരും മൂളുന്നുണ്ട് പക്ഷെ കൃമീല രൂപത്തിലാവാം ഒരു പക്ഷേ പറയാൻ പറ്റില്ല എല്ലാവരും ഗർഭിണികളാണോ എന്നുള്ളത് മനസ്സിലായില്ലേ ആരെങ്കിലും ഉള്ളിലിരുന്ന് ഇങ്ങനെ മൂളുന്നുണ്ടാവാം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആ പറയുന്ന ഒരാവേശത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നാരദമാഷി ഇങ്ങനെ പറഞ്ഞപ്പോ ആറാമത്തെ മാസത്തിൽ പ്രഹ്ലാദൻ ഭാഗവതം മുഴുവൻ കേട്ടുവെന്നാണ് നമുക്ക് ഈ പറയുന്നത് വളരെ വളരെ ഇന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുകയാണ് ആറാമത്തെ മാസം കപിലൻ പറഞ്ഞു ഒരു കുട്ടിയുടെ ബോധമണ്ഡലം ഉണരുന്നുള്ളത് അവിടെ പറയേണ്ടേ ഇവിടെ പ്രഹ്ലാദൻ ആറാമത്തെ മാസം ഭാഗവതം കെട്ടുവെന്നാണ് ഗർഭിണികളായിരിക്കുമ്പോൾ ആറാമത്തെ മാസം മുതൽ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് കേൾക്കുന്നുവോ അത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ സ്വാധീനിക്കും എന്ന് വളരെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഒരു ആയുർവേദ ശാസ്ത്രത്തിൽ വായിച്ചിട്ടുണ്ട് ആറാമത്തെ മാസം മുതൽ ഒരു സ്ത്രീ ഏതൊരു ഭക്ഷണമുണ്ട് അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി മന്ദബുദ്ധിയായി തീരുന്നതാണ് ആ ഭക്ഷണം എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് റഫറൻസ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഉണ്ട് കഴിച്ചു കുട്ടിക്ക് മന്ദബുദ്ധിത്വം വന്നേ എന്നാണ് അപ്പൊ അങ്ങനെയൊരു സാധനങ്ങളൊക്കെ നമ്മുടെ പൂർവികന്മാര് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ആറാമത്തെ മാസം മുതല് പരിവർത്തനം ചെയ്യാൻ ഒരമ്മയ്ക്ക് സാധിക്കുന്നതാണ് അമ്മ അവിടെ വച്ച് ഭാഗവതം കേൾക്കുകയാണെങ്കിൽ ആ കുട്ടികളിൽ ആ സംസ്കാരം ഉണ്ടായേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലേ മഡ്രാസിലൊരു കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ വിഷ്ണു സഹസ്നാമം കേട്ട് കേട്ട് കേട്ട് ആ അമ്മ പ്രസവിച്ച് ഞാൻ ആ വീട്ടിൽ പോയ അനുഭവത്തിൽ പറയുകയാണ് വിഷ്ണു സഹസ്നാമം കേട്ടു ആ കുട്ടി ശാന്തനായിട്ട് അവിടെ ഇരിക്കും അപ്പൊ എന്തോ ഒരു ആകർഷണത്വം അതിനോടുള്ളതുകൊണ്ടല്ലേ കുട്ടി അവിടെ ഇരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഗർഭത്തിൽ വെച്ചാൽ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട് പാറാമത്തെ മാസം ഗർഭപാത്രത്തിലിരുന്ന് പ്രഹ്ലാദൻ ഭാഗവതം കേട്ടു പിന്നെ അഭിമന്യുവിന്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഗർഭപാത്രത്തിൽ വെച്ച് പത്മവ്യൂഹം ചമയ്ക്കുന്ന കഥ ഭഗവാനിൽ നിന്ന് കേൾക്കുകയാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പത്മവ്യൂഹം ചമയ്ക്കുന്ന മാർഗം ചോദിച്ചപ്പോ അർജുനൻ സുഭദ്രയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാ ചോദിക്കുന്നത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ അർജുനൻ ഉറങ്ങിപ്പോയി ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോ കാണുന്നത് ഉള്ളിലിരുന്നു അഭിമന്യു മൂളുന്നുണ്ട് ഭഗവാൻ അവിടം കൊണ്ട് നിർത്തി എന്നാണ് പത്മവ്യൂഹൻ ചമയ്ക്കുന്നതുവരെയുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു അവിടെ വച്ച് ക്ലോസ്ഡ് അതുകൊണ്ട് അധുകന്യുവിന് അത്രയും ആരും പഠിപ്പിക്കാതെ ചെയ്യാൻ പറ്റി പുറത്തു കിടക്കാൻ സാധിച്ചില്ല കാരണം അതിന്റെ അറിവ് ഭഗവാൻ പറഞ്ഞു കൊടുത്തില്ല ഭഗവാൻ അറിയാമായിരുന്നു അവന്റെ നിയോഗം അത്രയേ ഉള്ളൂ എന്നാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക വീട്ടിലെ ഗർഭിണികളായിട്ടുള്ള കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ആറാമത്തെ മാസം മുതൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടി കാണാൻ സമ്മതിക്കരുത് ഇരുന്ന് വിഷ്ണു അല്ലെങ്കിൽ ഭാഗവതമൊക്കെ ഇന്നത്തെ കാലത്താണ് എല്ലാം കാസറ്റ് രൂപത്തിലെ എല്ലാ രൂപത്തിലും നമുക്ക് കിട്ടും അതൊക്കെ കേൾപ്പിച്ചു കൊടുത്ത് ആ കുട്ടികളെയൊക്കെ വലിയ ഭാഗവതോത്തമന്മാരാക്കാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ് അപ്പം നിങ്ങളത് കേൾക്കുന്നത് കൊണ്ട് അവർക്കും ഒരു പ്രയോജനമുണ്ടാവും അങ്ങനെയൊക്കെ അനുഗ്രഹീതരാക്കി ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം അതല്ലേ ഈ ഭാഗവതമൊക്കെ കേൾക്കേണ്ടതിന്റെ ഉദ്ദേശ്യം ഏതായാലും കയാതുവിന്റെ ഗർഭത്തിലൂടെ പ്രഹ്ലാദൻ കേട്ടു പ്രഹ്ലാദൻ പറയുകയാണ് അന്നെനിക്ക് മനസ്സിലായി ഇവിടെ ഒരേ ഒരു ബന്ധുവായിട്ട് ഗുരുവായിട്ട് ഈശ്വരനായിട്ട് അച്ഛനായിട്ട് അമ്മയായിട്ട് ഈശ്വരനെയുള്ളൂ കുട്ടിയുടെ മനസ്സിൽ ദൃഢമായി ബോധ്യം വന്നു ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സകാത്വമേവ ത്വമേവ വിദ്യദ്രവിനം ത്വമേവ ത്വമേവ സർവം മമദേവദേവ ഭഗവാനെ അവിടുന്നാണ് എനിക്ക് ബന്ധു അവിടുന്നാണ് എനിക്ക് അച്ഛൻ അവിടുന്നാണ് എനിക്ക് അമ്മ അവിടുന്നാണ് എൻ്റെ സർവസ്വം എന്ന് നല്ലവണ്ണം ദൃഢമായി ബോധ്യം വന്നു അങ്ങനെ കുട്ടികളെ അതാണെന്റെ ജീവിതത്തിൽ ഭഗവത് പ്രേമമാണെന്റെ ശക്തി അതുകൊണ്ടാണ് അച്ഛൻ എന്നെ തുടരാൻ സാധിക്കാഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടികൾക്കൊക്കെ ആവേശമായി ആ കുട്ടികളോട് പറഞ്ഞു അതുകൊണ്ട് തസ്മാൽ സർവേഷുഭൂതേഷു ദയാം കുരുതസൗഹൃദം ആസുരം ഭാവമ ോക്ഷതേ ഈ ആസുരിയ ഭാവത്തെ വിട്ട് കുട്ടികളെ അതോക്ഷതിനെ പ്രേമിക്കൂ നിങ്ങൾ ഭഗവാനെയും പ്രേമിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഭഗവത് നാമങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിനെ ഭഗവത് നാമത്താൽ അങ്ങോട്ട് മുഖരിതമാക്കി ആ ഗുരുക്കന്മാര് തിരിച്ചു വരുമ്പോൾ കേൾക്കുന്നത് ഉച്ചത്തിലങ്ങനെ അവർ നാരായണ നാരായണ നാരായണ ഭഗവത് പ്രേമത്തോടുകൂടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് കണ്ടതും ഗുരുക്കന്മാർക്ക് അത്യന്തം അസ്വസ്ഥതയും വിഷമവും തോന്നിയിട്ട് ഓടി വന്ന് പ്രഹ്ലാദിനെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു എടാ ദ്രോഹി നീ ഇവരെയും കൂടെ നശിപ്പിച്ചു എന്നല്ലേ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല ഇനി നിന്റെ അന്ത്യം കണ്ടട്ടെ ഞങ്ങൾ പോരുള്ളൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കടന്നു പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് ഹിരണ്യ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഈ കുലാന്ധകൻ ഞങ്ങളുടെയും കൂടെ അന്ധകനായി തീർന്നിരിക്കുന്നു ഞങ്ങൾ നന്നാക്കിയ കുട്ടികളൊക്കെ അവൻ കേടുവരുത്തിയിരിക്കുന്നു ഓക്കേ ഇവൻ നേരേക്ക് നല്ല പറയുന്നത് കേടുവരിത്തിരിയാണ് അതുകൊണ്ട് ഇനിയൻ ജീവിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞതും ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് ഹിരണ്യകശ് വാളോഗിക്കൊണ്ട് സിംഹാസനത്തിൽ നിന്ന് എണീറ്റു എന്നിട്ട് പറഞ്ഞു എടാ ലോകം മുഴുവൻ എന്നെക്കുറിച്ച് കേൾക്കുമ്പോ പേടിക്കുന്നു ഈ ത്രിലോകങ്ങളും പേടിക്കുമ്പോ നീ ഒരുത്തൻ പേടിക്കുന്നില്ല എന്നാണോ എവിടെ നടായ കുലാന്ത നിനക്ക് ഇത്രയും ശക്തിയും ധൈര്യം കിട്ടിയത് ആരാണാ നിനക്ക് ഇത്രയും ശക്തിയും ധൈര്യം തരുന്നത് ലോകം ലോകം എന്നെ പേടിക്കുമ്പോൾ നീ പേടിക്കില്ല നീ അത്രയും ധാഷ്ട്യം കാണിക്ക എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് അലറിയപ്പോ ആ കുട്ടി അത്യന്തം വിനയ വിനീതനായിക്കൊണ്ട് അച്ഛന്റെ മുന്നിൽ നിന്ന് പറയുകയാണ് അച്ഛ അച്ഛൻ ഇങ്ങനെയൊക്കെ അലറുന്നുണ്ടല്ലോ ആ അലറാൻ അച്ഛന് ആരാണോ ശക്തി തരുന്നത് അതേ ശക്തിയാണ് എന്റെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അത് എന്റെയും അച്ഛന്റെയും ഉള്ളിൽ മാത്രമല്ല ആ ശക്തി എവിടേക്ക് ഇരിക്കുന്നു നീ ഭവതശ്ചരാജൻ സമൈബലം ബലന ബലിനം ചാബരീഷം പരാവരേ സ്ഥിരഭംഗമായി ബ്രഹ്മാദയോ ശം പ്രണീത ബ്രഹ്മാതിദേവന്മാർക്ക് പോലും ശക്തിയും കരുത്തും എവിടെ നിന്നാണോ അതേ ഭഗവൻ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് അച്ഛനും ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഞാൻ അച്ഛന്റെ മുന്നിൽ എങ്ങനെയൊക്കെ കാണിക്കുന്നത് അച്ഛ ഇത് അച്ഛന്റെ ശക്തിയല്ല ഇത് എന്റെ ശക്തിയല്ല ഇതെല്ലാം ഭഗവൽ ശക്തിയാണ് അതുകൊണ്ട് സരക്കാലം പരമസ്വശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകടമാക്കി നിലനിർത്തി ഉപസമ്മരിപ്പിക്കാൻ സാധിക്കുന്ന ആ അനന്ത ശക്തിയുടെ മുന്നിൽ അച്ഛ അച്ഛന്റെ ശക്തിയൊക്കെ നിസ്സാരം അച്ഛൻ ഇങ്ങനെ അട്ടഹസിക്കുന്നൊക്കെ ഉണ്ടല്ലോ വെറും ഒരു പുഴുവിന്റെ ശക്തിയുള്ളൂ ഭഗവാന്റെ ശക്തി അനന്തമാണ് അത അതച്ഛൻ മറന്നു പോകുന്നു അതുകൊണ്ടച്ഛ എനിക്കൊരു അപേക്ഷയുണ്ട് എന്താണ് ജഹ്യാസ്ബരം ഭാവമിമം ത്വമാത്മന സമം മനോദന സന്ധിവിദ്ജിതാത്മനോൽപദസ്ഥിതൽ തദ് സമർപ്പണം ആസുരഭാവത്തെ വിട്ടുകൊണ്ട ഈ ആക്രോശങ്ങളൊക്കെ വിട്ടുകൊണ്ട് അഹങ്കാരത്തിന്റെ ദാഷ്ട്യം വിട്ടുകൊണ്ട് മഹൽ സമർപ്പണം ആ ഭഗവാനെ പ്രേമത്തോടുകൂടി സ്മരിച്ച് ആ ചിരസ്സുകൾ നമസ്കരിക്കുവച്ച ആ ഭഗവാന്റെ ശക്തിയുടെ മുന്നിൽ അനുഗ്രഹീത അനുഗ്രഹീതരായി തീരുവച്ച എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഈശ്വര സ്മരണം ചെയ്യാൻ പറഞ്ഞപ്പോ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറയാണ് എടാ ഇനി നീ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കുന്നു അങ്ങനെയൊരു ശക്തി നിന്നെയും എന്നെയും രക്ഷിക്കാൻ ലോകത്തിലുണ്ടോ എന്ന് ഈ നിന്നെ കൊല്ലുന്ന സമയത്ത് ആ ശക്തി ഒന്ന് വന്ന് രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് അങ്ങനെയൊരു ശക്തി ഈ ലോകത്തിലില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ടു പറഞ്ഞു എടാ ആയുസ് ഇല്ലാത്തവനെ മന്ദവാഗ്യ കുലാന്തക നാശത്തിനായി വന്നവനെ ഇനി നീ ജീവിച്ചിരിക്കാൻ അർഹനല്ല നിന്നെ കൊല്ലുന്നത് നിൽ കൊല്ലുന്ന സമയത്ത് ഞാനൊന്ന് കാണട്ടെ വല്ല ഈശ്വരന്മാരെ രക്ഷിക്കാൻ വരുമോ എന്ന് എന്ന് പറഞ്ഞ് കുട്ടിയുടെ നേരെ വാളിയപ്പോ ഇനി അങ്ങനെ ഒരു ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലില്ല എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമാറ് ചുരുട്ടിക്കൊണ്ട് വാള ഇടത് കീഴിലേക്ക് വെച്ചുകൊണ്ട് മുന്നിൽ കണ്ട തൂണിന്റെ നേരെ നടന്ന് നീങ്ങിക്കൊണ്ട് ലോകം കിടുകിടാവറയ്ക്കുമാറ് അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ ഞോങ്ങിക്കൊണ്ട് ആ ഹിരണ്യകശിപ്പ് തൂണിന്റെ മധ്യത്തിലായ ഒരൊറ്റ പ്രഹരം വെച്ചു കൊടുത്തു അങ്ങനെ ഒരു ശക്തി പ്രപഞ്ചത്തിലില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ തൂണിനിടിച്ചതും അതാ ഒരു ഗംഭീരമായ ഗർജനത്തോടുകൂടി ലോകം കിടുകിട വിറക്കി ആ ഭീമാകാരമായ തൂണ് നെടുുക പിളർന്നുവെന്നാണ് അതിൽ നിന്നും ഹിരണ്യകശിപ്പ് നോക്കുമ്പോൾ തീക്കട്ട പോലെ രണ്ട് കണ്ണുകൾ പുറത്തേക്ക് നിന്നു വീണ്ടും രണ്ട് ധ്രംഷ്ടകൾ ഇങ്ങനെ വായ തുറന്ന് പുറത്തേക്ക് നീളുന്നു തടിയും തലയുമൊക്കെ വെളുത്ത രോമങ്ങളാൽ ആടിക്കളിക്കുന്നു ഒരു രക്തവർണമായ നാവ് പുറത്തേക്ക് നീളുന്നു ഹേണ്യകശുവിന് അൽ പേടികൊണ്ട് ഒരു നിമിഷം നോക്കി നിന്നു എന്തായി കാണുന്നത് എന്ന് കൈകളിലൊക്കെ കൂർത്ത മൂർത്ത നഖങ്ങളായിട്ടൊരു കൈകൾ തൻ്റെ നേരെ നീണ്ടുവരുന്നു ഹേണ്യകശുവി പേടിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ ഭഗവാൻ തൻ്റെ ഈ ലോകത്തിലെ സത്യസ്വരൂപന്മാരായ ബ്രഹ്മാവ് നാരദാദികൾ പ്രഹ്ലാദൻ തുടങ്ങിയിട്ടുള്ളവരുടെ വാക്കുകളെ സത്യമാക്കി തീർക്കാൻ ബ്രഹ്മാവ് കൊടുത്ത അനുഗ്രഹങ്ങളെ സത്യമാക്കി തീർക്കാൻ മനുഷ്യനും മൃഗവുമല്ലാത്ത എന്നാൽ മൃഗവും മനുഷ്യനും നിറഞ്ഞിരിക്കുന്ന ഒരു നരസിംഹരൂപമെടുത്ത് അതാ തൂണിലൂടെ അവതരിക്കുന്നു ഇതാണ് ഭഗവാന്റെ നരസിംഹാവതാരം ഭഗവാൻ നരസിംഹരൂപത്തിൽ അവതരിക്കുന്നു എന്ന ഭാഗമാണ് നമുക്ക് വായിക്കാനുള്ളത് സർവ ഗോവി നാമ സംഗീതം ഗോവിന്ദ ഗോവിന്ദ